യും എന്തൊക്കെ പോലും എന്റെയും ഇഷ്ടപ്പെട്ടാൽ അത് ആകട്ടെടുത്തുകൊണ്ട് ആ കണക്കുന്ന ോ എട്ട് കാണുകൾ അങ്ങനെ തറുക്കാൻ വേണ്ടി മറ്റൊരു കഥക്കാണ് എസ്തരാക്കുന്നത് അപ്പൊ എങ്കിലും എന്താണെന്നു പറഞ്ഞു എന്തിനും കിട്ടുന്നുണ്ട് നമ്മൾക്കാർ ഇവയുള്ള എന്താ നമ്മളോട് മതാപി മതാ ആണ് നമുക്ക് മനസ്സിൽ പതിവ് മത സ്വർഗം നിയമത്തെ അതെല്ലാം ഏറ്റവും അപ്പോ മധുരം കാര്യങ്ങളാണ് മധുരം കണ്ടോ ഇതല്ലാതെ ഇടാരി നായീനെ ഇതിപ്പം അതിനെ ലഗദിയാ അഞ്ചറയ പെകൂരദിയേ രേതൻ ഇതിനെ പാലം എന്നുള്ളതാണ് അൽപമൻ കർത്തൻ കേക്കുന്നതല്ലല്ലോ കണ്ടുള്ള പാലം മോതിക്ക് ആണ് അപ്പോൾ പറയാത്തെന്ന് ആയിപ്പോയി ഇതെന്തേയാ നടീയാ നടക്കുന്നോ നടനതു കൊണ്ട് നീയാ നടീയാ നടക്കാനോ വരിയോ ചെയ്യുന്നോ മനസ്സിലായി അല്ല ആവർത്തിച്ച ഭളായ ഇതിന്റെ ആളി ആയിക്കൊണ്ടിരുന്ന് ഞാൻ ആയി കാണുന്നോ ാണ് കഴിഞ്ഞ പിന്നെ അത് എന്തെല്ലാം വെള്ളം ഉണ്ടെന്നാണ് പറയാൻ ചെയ്യാൻ പറ്റുന്നത് ാക്കിൽ വാദികൾ അതേമാതിരി വന്ന വാദികൾ ും മുതലത്തിൽ മാത്രമല്ലോ അദ്ദേഹത്തിൽ അല്ലാതെ അപ്പൊ എന്ന പത്നിയാക്കുന്ന <inaudible> മുസമ്പനി അറിയാമോ മോനെ ഒരു കാര്യം ആരെങ്കിലും അറിയണ്ടേ ഈയപ്പാ നാളെക്കുള്ള കാടിനര പരിങ്ങേനെ ഈ വൈതലുകളൊക്കെ ആണ് ഞാൻ അമ്പാതോ ലാദങ്ങ മുത്തുക ഞാൻ ഭയന്നില്ല ഇതിനക അൾകാത് ആണ് മുത്തുകളോടാണ് ചാടിപ്പിടിക്ക് ഇത് സമയയാ ഇരല്ല അതിപതന്നാണ് നമ്മൾ ഒക്കെ ലാദങ്ങ മുറവസം പോകും ഈ സംബന്ധിയല്ല എന്നല്ലേ ഇടത്തെ ഈ ചാടിക്ക് നോറാണോ വസ്ത അതോ അതോ ഇടോണോ ചാടിക്ക് നേരത്തെ നൂറ് ചാടിങ്ങാര വായനല്ലേ ഒരു വാൻ വരവ് കൊണ്ടുവരാൻ കാളാകെ കുടക്കിലേ അറ്റാറ്റി അവൻറെ ഇടാൻ വാർത്ത يما لي ما كان لي علم ما دين من معاناه لا كلدني يما لي يلاو الله منك يا بني هذا سوري كل من عند من عند بده بده علي بناتي انا انا حضره عليه ابي يعلمنا ان الله تعالى بنتي طالب عباد ما لنا رب عادي ذاتي يا ناين يا ناين احسن سنتين ഇവനുള്ള അതിനെ വിളartifactId എന്ന് പറയാം ആ മലയാളുകൊണ്ട് പറയോഗിയാ അല്ലാതെ ഓരോരോ കാര്യങ്ങൾ ആയിട്ട് വിളിക്കുന്നു ഇതിന്റെ ഇതിന്റെ ആൾക്കാർ പറഞ്ഞില്ല അതുകൊണ്ട് അതേമാരെ സമയയാത്രന്റെ അതിനെ പറ്റിയതൊക്കെ ഉദാഹരണങ്ങളുണ്ട് അതിനെ ഒരു അധികാരപരമായ അബറോൾ ആണ് കേൾക്കാം അണ്ടായ അണ്ടായ കൊടുക്കും ആ ബന്ധരീതിയിലാണ് അത് അതിനെ അണ്ടൻ മലയുടെ അടുത്താണ് അതുകൊണ്ട് നമ്മുടെ കോളിന് അവസരമായി മോനെ നമ്മ ഇന്ത്യക്കുള്ള എഴുതണം അങ്ങനെയുള്ള രീതിയാ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 ുംതാർട്ടത്തിൽ പറഞ്ഞു ചിലപ്പോൾ കൂടി അവർ വന്നു കല്ലിന് അസമായും അതായത് നാട്ടിലോട്ട് മാറ്റി മാസങ്ങളാൽ അറിയുന്ന എല്ലാ വസ്തുക്കളും സംശയപ്പെട്ട കാര്യങ്ങളും കാര്യങ്ങളും നാളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അപ്പൊ അധികം എല്ലാ എന്ന് പറഞ്ഞാൽ അയാക്കറഞ്ഞ അങ്ങനെ അമ്മ കിട്ടും കൊല്ലപ്പെട്ടു അപ്പോൾ അപ്പൊ നിന്നു അല്ലാത്ത വെച്ചാൽ അല്ലെങ്കിൽ അർവാഹം ആരെയാക്കും അന്നത്തെ മുദ്രദവന്നല്ല എന്നല്ല അന്നാണ് ഞാൻ ഇപ്പോഴേ ബോസ് ആവാൻ മായതുകൊണ്ട് ഈ വീരന്മാരെ ആരാടാരാൾക്കാ ആയിട്ട് ആണോ എന്നും ആയിരുന്നോ കാണുന്നതുകൊണ്ട് ഞാൻ എന്നല്ല എന്നെ മനസ്സുണ്ടായി അറിയാനാണ് പുതിയ ഭാഗ്യേസൻ ദീപ്തി ദീപ്നാപ്ത് ഇഹോരോ അത്രേയില്ല അപ്പോ നമ്മൾ ആയിട്ട് ആക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു രീതിയാണ് അങ്ങനെ നമ്മൾ ക്യാപ്റ്റൻ ഇല്ലല്ലോ നമ്മൾ വാണളിയാരോ ആയിോ കാണും ല്ലേ ോ ഇടതി <800 typhans yapıl> <t rescuing> <t Gate bizarre> അല്ല അല്ലോ ആണ് അതും അപ്പൊ ആരോഗ്യ ാണ് മധുരുന്നത് അമ്പന്റെ അമ്പോ അഹൻപാർത്ഥം അഹൻ അഹന്തര നമ്മൾ എന്താണ് നമ്മളാണ് നമ്മളാണ് നമ്മളാണ് ദാതാക്കളുടെ നമ്മൾ അല്ല നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ നമ്മൾ ഹൈ ഹൈ എന്നൊന്നും നീ അല്ല ഇടതടടെ ആയിട്ട് അതിനെ നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ ആളുകളേനെ നമ്മളാണ് നമ്മളാണ് ഇതിനകത്ത് എന്നൊരടിയാണ് അല്ല ദൈവം നമ്മളെ തട്ടിത്തെറിഞ്ഞ നമ്മൾ കാണാത്ത അപ്പേ നമ്മൾ ചെറിയ കമ്മീഷണർ ആയിരിക്കണം അല്ലതാ അല്ലതാ ദാദൻമാർ അല്ല അവിടെ അതിനോട് വന്നതുകൊണ്ട് കേൾക്കാൻ ആയില്ല ഞാൻ പറഞ്ഞാണെന്നല്ല എല്ലാ പ്രതികരണങ്ങളും അതില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അല്ല നമ്മൾ ഇവിടെ കേൾക്കുന്നില്ല ഈ ഒരു എക്നോളജി കാറ്റേ 34 ഇടാനായിട്ട് ചെയ്യുന്നില്ല അതാണ് അതുകൊണ്ട് ഞാൻ ഇടാൻ വിടാതെ സാധാരണ ഞാൻ കേൾക്കുകയാണ് ഇതിന് വേണ്ടി ഓരോയൊക്കെ ഉള്ള കാര്യങ്ങൾ വെട്ടാനേ ഉള്ളൂ യാതൊന്നും ഇല്ല മക്കളി കാണും അന്നെ ോ അതിനെ കൊണ്ട് അടിയ അറിയിക്കുന്ന തൊഴിൽ കണക്കും ഇത് മതാണോ അല്ലേ ആരാധനയിൽ ഒരു ഗുണികനെ കാണാനാണ് അയ്യോ അതിനെ അതിയാ നമ്മൾ വരാറാണ് നല്ല രീതിയിലാണ് നമ്മൾ അതിനെ കപ്പി അണ്ണാടാ പക്ഷെ ഞാൻ ഇതിൽ ആയിട്ട് ആ അവിടെ ആയിട്ട് ഒരു ഗുണികനെ കാണാനാണ് നമ്മൾ വരാറാണ് അതിനെ കണ്ടിട്ട് ഒരു ഗുണികനെ കാണാനാണ് നമ്മൾ വരാറാണ് അത് എന്നാ അത് ഒരു വെച്ചാണ് അതിനെ നമ്മൾ ഇതിനകത്ത് കാണാനാണ് നമ്മൾ വരാറാണ് ഇതിനെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ആ അവിടെ ആ നമ്മൾ കാണാറുണ്ട് నిన్న ఆనందంగా ఉన్నదిన్న నేను అన్ని ఆనందంగా అనుకున్నాను ఆ అనునాతన విధంగా అక్షరాలన నన్ను తాకగలిగ అవలాది అన్ననా నా కాపాడినది ఆ రాత్రి ఈ బయటమా ఇలిమతాది రేడియూ సింతోనేరేన నిలండి ఉన్నానా అక్కడ వేరే ఉన్నానా ఈ జ్ఞానిని నేను ఎరుగు ఆవి కులని నిన్నలకిన నా ఆనందం ఈ భన్నీని ఈ కాలపని వేరేనలా ఉంటే నడిరేనా నేను నడిరేని అనుకున్నాను అన్నా ఆయన అన్నారేనంటే నేను ఆనందానికి తీారకు తీయకని ഒരു കണ്ണു ആണ് ഏത് ഉടൻ വരുന്ന ാണ് അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞു നായ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 so is it of my stuff? Oh my god. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah. I've got a섯- 1947. I've got a some of my... forward. You've got a900. Yeah. I've got a... Here. Apple, you've got a... David. Yeah. And that's the... inside. You've got a couple more seasons. See. So I'm going to see.多 David. Yeah. That's the easiest andμο.ILY. Hold on. There's... rework just the top things of I did. Yeah. Yeah.ong, I'm going to realize by theemp. Okay, and we're going to figure it out. Yeah. Yeah. I've got a lot of math. Yes. You could fill the money. Now you can do. The TIM be gone. You've got a bunch of them. I got a lot of the milk. Well, but for four ഇവിടെ അറിയുന്നവനെ വിളിച്ചാൽ അറിയാവുന്നവനെ വിളിക്കണം. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാറുണ്ട്. എല്ലാം അറിയുന്ന രീതിയിൽ ആയിരിക്കണം നമ്മൾ. ഇതിനെക്കുറിച്ചുള്ള ഈ നമ്മൾ കേൾക്കുന്നതൊക്കെയാണ് അറിയാമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കണം. നമ്മൾ ഇതിനെ ഒരുപാട് കാര്യങ്ങൾ അറിയാറുണ്ട്. നമ്മൾ ഇതിനെ ഒരുപാട് കാര്യങ്ങൾ അറിയാറുണ്ട്. നമ്മൾ ഇതിനെ ഒരുപാട് കാര്യങ്ങൾ അറിയാറുണ്ട്.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 で、このまま、あの、やっていかないと、こんな感じなので、あの、からかな。はい。あの、まずね、2で、に、あの、のを扱いながら始めたとか。で、ね、2。3の。そのままね、で、で、またね、この 1がね、2に変わってくるから、あの、からので、で、ね、あの、からので、ね、を使うんだよ。で、2。3の。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 तो कुछ आने में नहीं आएगा नहीं ये इंग्लिश में नहीं आएंगे वो करेंगे ये तो नहीं आ पाएगा मैं कह देती हूं कि अभी हम तो नहीं आएंगे हम लोग को नहीं कुछ नहीं हो जाएगा मैं बोल रही हूं कि ये हम लोग करेंगे नहीं हम लोग ये नहीं करेंगे हां मैंने बोल दिया है ये टाइम नहीं है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 ായ ദീലുകൾ അതിനെ ഇന്താശീകുന്നു എന്നാണ് മുക്തസഭത്തിന്റെ വായന മുക്തസഭത്വമിൻ അതില്ലത്തില്ല അതില്ലത്തിൽ നിന്ന് ദലീലി ജമ്മാണ് അതില്ലത്ത് ദലീലിൽ നിന്ന് മുക്തസഭ എന്ന് പറഞ്ഞാൽ ദലീലിനാൽ നസീജിയായി കിട്ടിയ സംഗതി ഇതിനാണ് ദലീൽ അധ്വാനിക്കില്ല അതെല്ലാം മത്സോബാണ് അതുകൊണ്ടു മുറാദ് അല്ലാഹി എന്ന് പറഞ്ഞു ഇലാഹിന്റെ ഉദ്ദേശിക്കുന്നത് പക്ഷെ ആരാ ഐത്യത്ത് കൂട്ടണോന്ന് പണ്ട് വന്നിട്ടുണ്ട് പറ്റിയ പണ്ട് വന്നിട്ടുണ്ട് സഖീനിയായ ഐസ്യത്ത് ഇസ്ലാഫിയായ ഐസിയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐസിയെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുസുബാത്ത എന്ന ഐക്യത്തിൽ കൂടിയാണ് അള്ളാഹിന്റെ മൗന്ന് വായിച്ചു വരുന്നത് എല്ലാ ഒന്നും പൊടുത്തം കൂട്ടൂല്ല പക്ഷെ അമായില ഉള്ളത് എന്നുള്ള ഇസംബാത്ത എടുക്കുകയാണെങ്കിൽ അക്കീതം മൂന്ന് വായിച്ച് കൊണ്ടാന്ന് കഴിയില്ലാത്തില്ലേപ്പാ ആ കുൽഹന്താ ആർക്കും തിരിയാത്ത ഒരവസ്ഥ ഉണ്ട് സാധ്യയില്ല അങ്ങനൊക്കെയാണെങ്കിൽ നിങ്ങളുടെ ഇവിടെ മൗതുഅലി കൊണ്ടോണ്ട് കഴിയില്ലല്ലോ അപ്പൊ മാറി അല്ല ധ്യാൻ സജലി അന്യ കെട്ടിയാ പറയുന്നു പറയുന്നത് അള്ളാഹുവിന്റെ ദാത്തണം മൗതു അസ്ലാം എന്റെ ദൂഷൻമാരു ആരെയും അതിന് മേലെ ഹംലിജിജുകൾ അവൻക്ക് ഉണ്ട് അവൻ കുതിരത്തുണ്ട് അവന് ഇറാദത്ത് ഉണ്ട് ഇന്നത് ഉണ്ടായി കൂടാ ഇന്നുണ്ടായോണ്ടിരിടാ അപ്പോൾ ഇവിടെ മൗദ കൊണ്ടുള്ള ഉദ്ദേശം എന്തായി മന്ദിക്കാല മൗതുവാനോട് ഉദ്ദേശിക്കുന്നു മന്തിക്കരത്തിൽ മോദു അതിനെ പാചതിന് ശേഷമുള്ള ഒരു ഹുക്രമിനെ ഇസ്ബാത്തോ നഫിയോ ചെയ്യാൻ വേണ്ടിട്ട് സ്ഥാപിക്കപ്പെടുന്ന സാധനം മന്ദിക്കാത്തടുക്കൽ അത്രേലുള്ളു അതാ മോദു അൽ മൊഹക്ബർ അതിനെ തൊട്ട് ഈ ബാലത്തും ഇബാലത്തും ആരടുത്തലെ ബയാനിയാക്കലെടുക്കൽ ിൽത്തതാ നിബാരത്തോം ഇന്ന് നെഹരിങ്ങൾ എടുക്കലി അപ്പൊ ലഹരിൽ മുഹത്തതാന്ന് പറഞ്ഞാൽ എന്താണോ മന്യ ഞാഗ്രൻ അത് തന്നെ മൗതുവർ ബയാ ഞാഗ മുൻ ഇതയില്ലി പന്നിൽ ഏതൊരു പന്നിന്റെ മൗതുകൾ എന്താ അപാരതീന്ദാത്തിയ ഏതൊരു വസ്തുവിന്റെ ദാത്തിയായ അപാരതകളാണോ അവിടെ ചർച്ച ചെയ്യപ്പെടുക ആ സാധനമാണ് അതിന്റെ മൗതുവെന്നർത്ഥം വൈതാനത്താബിറു അവാരികൽ പന്നി അപ്പൊ നമ്മളീ പന്നിലേക്ക് ചേർത്താൽ ഈ അവാർലിബാണത്തിന്റെ മോശമാണ് അതുകൊണ്ട് അള്ളാഹുത്താരതിരത്ത് ആരില്ലാണ് ഏ എന്താ ആരില്ലാന്നൊരു തോന്നിയൊക്കെ വിട്ടില്ല അത് മജാസായിട്ട് വന്നു വെച്ചോളാം നമുക്ക് ഏതൊരു സാധനത്തിന്റെ മോദം എന്ന് പറഞ്ഞാൽ അതിന്റെ അവാാരം ഉണ്ടാക്കിയെപ്പറ്റി ചർച്ച ചെയ്യപ്പെടുന്നില്ല പറയുന്നത് ഏതാ മോഹം അള്ളാന്റെ ദാത്ത് മൊതു ആകുമ്പോൾ അള്ളാഹ്ന ദാത്തിന്റെ അവാരിദാണോ ചർച്ച ഏതാ അവാാലയുടെ പൊതുവത്ത് യഥാദത് ഇത് അവാരിദിയത് അതിപ്പത്താമല്ലോ ഇതെങ്ങനെ അവാർദ എന്താ പറയാ പ്രയോഗിച്ചത് ഒരു മജാസാന്ന് വെച്ചോളന്നു അതാ വൈകാൻ താബിർ ബിൻ അവാർദി പന്നി നമ്മുടെ അതീതന്റെ പന്നിൽ ഇതിന്റെ അവാരി എന്ന് പ്രയോഗിച്ചത് തസമ്മൻ അത് മജാസ് ആണ് ഇവിടെ എന്ന പ്രയോഗം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അപ്പൊ നസിഫാത്ത എന്ന് പറയുന്ന മുസ്ലാൽ അത് പാടില്ലാത്തതാണ് അതപകടാണല്ലോ ഇത് കാരണം എന്നുള്ളത് ഹാലിത്തിന്റെ മലൻ അവസാദിപ്പെട്ടതാണ് അതെല്ലാം പറയാൻ പറ്റിയല്ല ണെങ്കിലോയിലുംസ്തഹയിലാണ് സിഫാറ്റുകൾക്കും മുസ്തഹയിലാണ് അപ്പൊ കൗരു ഞ നമ്മള് പറഞ്ഞത് അബാഹു എന്ന് പറഞ്ഞാൽ ആഹു അവാദിസിന്റെ പറയിൽ അബാലതെന്ന് അത് പറഞ്ഞാല് താരദുലഹു ആ സാധനത്തിന് ആര് ലാവുകയും പുതുതായി എന്താവുകയും ചെയ്യുന്ന അസ്തുവിനാണ് എന്ത് പറയില്ലേ അത് അല്ലാത്ത പറയാൻ പറ്റൂല താജുപോലെ പോലെ ഹുസുന് പോലെ തോന്നുന്നു ആ കയ്യിലെന്താന്ന് ആ നിസ്ബത്തുല്ലിത്തിലേക്ക് നിസ്മയാണ് ഒക്കെട്ടോ ദാത്തിന്റെ ഒരിക്കലും അർത്ഥം ഒന്നിക്കും ഉണ്ടാകണം എന്ന് പോലെ നേരത്തെ പറഞ്ഞ താജുബ് എപ്പോഴും ചില അവസരത്തിൽ ഉണ്ടാകും ചില അവസരത്തിൽ ബിൽകുബി എനിക്കുണ്ടാകണം ഇൻസാന്റെ കിതാബത്ത് ും അല്ലെങ്കിൽ ആരും മധത്തിലു അതിനുള്ളൂ പഠിച്ചോളൂ എന്നുവെച്ചാൽ അതിനെ തൊട്ട് പിരിഞ്ഞു പോകൂലാണ് അപ്പൊ അല്ലാത്തതെല്ലാം പുറത്തുപോയി ദാത്തീയത്ത് എന്ന കയ്യിലോട്ട് പോയി എന്താ പറയാ ൊച്ചാങ്കൊച്ച ഇങ്ങനെ ജനിച്ച് വെള്ളാം കൊച്ച ജനിക്കുമ്പോൾ ആരെല്ലാം ജനിക്കുന്നുണ്ട് വെള്ളാങ്കൊച്ച ആകുന്ന ദാത്തും ജനിക്കുന്നുണ്ട് അതിനുള്ള അഭിയെന്നും ജനിക്കുന്നുണ്ടല്ലോ അല്ല അരന്ന് അല്ലേ അപ്പൊ ഈ അരക്കത്ത് എന്നുള്ളത് ഒരു ദാത്തിയായ അരുതാണ് ആരുടെ ിക്കുകയാണെങ്കിൽ ബിൽഫേലുണ്ട് അല്ലെങ്കിൽ ക്ഷനിക്കാൻ വെക്കുകയാണെങ്കിൽ വിൽപ്പകുണ്ട് ഇതല്ലേ പക്ഷെ ഈ അഭിയന്നിനുണ്ടല്ലോ അറക്കത്ത് ഈ അഭിയന്നിന്റെ അരക്കത്ത് എന്തല്ല അതിന്റെ ധാറ്റിയല്ല അതിന്റെ അത് ഏത് സാധനത്തിലാണോ നിൽക്കുന്നത് അതിന്റെ മഴവൂന്നാകുന്ന ഹൈവാന്റെ ചലനത്തിനോട് വാസിറ്റ ആയിക്കൊണ്ട് അഭിയാ തിരിച്ചു കൊടുക്കും ഈ ഭയാനിനുണ്ട് തിരിച്ചടി അരക്കത്തു അറക്കത്തൊക്കെ തിരിച്ചു അസലൻ ിംഗ അതുപോലെ അത് ദാത്തിയല്ല അത് ദാത്തിയെന്ന് പറഞ്ഞുകൂടാം ഈ ഇതിന്റെ അരന്തുകൾക്ക് ഹരക്കത്ത് പറയാൻ പറ്റുന്നില്ലല്ലോ അതാണ് അതിന് ഉദാഹരണം പറഞ്ഞത് നമുക്ക് ഹരക്കത്തിൽ അഭിയാം അത് ഹരക്കത്ത് ചെയ്യുന്നുണ്ട് ബി വാക്യ കോൺ ഈ അഭിയന്ന് ഹരവാനാവുക എന്നല്ല വാക്യത്ത് പ്രകാരം അത് അന്നത്തോ ഹേവാനുള്ള ഈ അഭിയൽ ഉണ്ടല്ലോ അഭിയൽ എന്നുള്ളതിനെ തൊട്ടിട്ട് ഈ ഹേവാനാവുക എന്നുള്ളത് ഹാരുജാന്ന് എന്റെ ഹീകൃത്തി അഭിയത്തിൽ ഒന്നില്ല ഹാവാൻ ആകുക എന്നെ ഹീകൃതിപ്പെടുന്നില്ല തിരിച്ചൂട ഹരക്കത്ത് എന്ത് വകീലാവുന്നത് അഭിയറായ വകീലാവുന്നത് അല്ല ഹേവാനായ വകീരായ ാണ് ഇതിന്റെ മൗതു പറഞ്ഞിട്ടുണ്ട് മൗതുനാത്ത് എങ്ങനെ അപ്പൊ വാജിബആാസീഫ് ഒക്കെ മൗതുക ആ തെളിവിലൊടുക്കണം എന്ന് വെച്ചാൽ മംകിനാത്തിന് തെളിവായി പിടിച്ചിട്ട് ഇസ്ബാത്ത അത് വെച്ചു കഴിഞ്ഞാൽ വാജിബ് തയ്യാറാകെ ഉപയോഗിച്ചെന്താണ് വാസത്തി ആയിക്കൊണ്ട് അതിനെ ദലീൽ ആയിക്കൊണ്ടിരുന്നു അതാഹിയും അറിയിക്കുന്നുണ്ട് അതിന്റെ മോചിത്തിന്റെ മേലിൽ പിന്നെ കമാലിയും സിഫാത്തുകൊണ്ട് متصيفا للميم اض اريقند എന്ന നിലക്കേ ممكنათ മൗദഉകന്നീഉ വബയാദു കോനിൽ mumkinati mawdhu'an അബ mumkinatu mawdhu'an ilmu taurinine mawdhu'an nidiy engeniya anta qulani paraya al mumkinatu hadithatun wa kulluha alitatin labu muhdithun wa kullu hadithin labu mu'dithun kada inee kadhiy tadaram mumkinatallahu hadithatun െല്ലാം ഒരു മൊഹജിത് വേണം അതുകൊണ്ട് എല്ലാ എന്തുവാണം ഒരു മൊഹരിദ്രാണ് അതന്നാഹു ആകുന്നു അതുകൊണ്ടേ മൊഹജിത് വേണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൊഴിഞ്ഞു അതാണ് ആരാജൂരി തൊഴിഞ്ഞു ലാബുദ്ദൻ കദീമൻ അതെന്തിനാണ് പറഞ്ഞത് ഒന്ന് രണ്ട് മോജിതിന്റെ മേലുള്ള ദലാലത്ത് ലഹുൻ എന്ന് പറഞ്ഞത് ഇത്തിസാഫിന്റെ അങ്ങനെ പോട്ടെ സമീയം അത് കൗസിയാക്കി പിടിച്ചാ മതി ഞാൻ ആദ്യം പറഞ്ഞ അഞ്ചും ജൂലി അപ്പറത്തേക്ക് കൊടുക്കുക രണ്ടാമത് വന്ന് ഇപ്പത്തേക്ക് കൊടുക്ക വക്കീല കൈറു പറഞ്ഞിട്ടുണ്ട് ഏതാ കൈറു കൈറുദാരിക്കൽ ആ കൈ കൊണ്ടുള്ള മുറാദ് അൽ മഹദൂമാ എന്നാണ് എന്റെ വിവരത്ത് എങ്ങനെ മഹദൂമാത്ത് മോജൂദക്കൻ മഹദൂമത്തൻ മോജൂദത്തായ മാരു മാത്ത് മാധൂമത്തായ ആരു മാത്തു അപ്പൊ മാധവമത്വ എന്തെല്ലാം ഉണ്ടാകും മുംകിനുണ്ട് മോജൂദാവാംഖിനുണ്ട് പിന്നെ മുസ്തഹിരാത്തും പെരുവല്ല മാധൂമത്തിന് മുസ്തഹിരാത് കൊണ്ട് മാധവമാകല്ലോ അപ്പൊ ഏതെല്ലാം വന്ന് അഗ്നി ആയ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് വാജിബാത്ത് മുംകിനാത്ത് ജായിസാത്ത് എന്ന് പറഞ്ഞു അതെ അപ്പമരു അപ്പം വാജിബാത്തിനെയും ജായിസാത്തിനെയും മുസ്തഹിരാത്തിനെയും അത് അതെങ്ങനെയാ അതിന് ഇത് മൂന്നും പിന്നി മടക്കണം ഏത്ത പറഞ്ഞിരിക്കണം എത്തിച്ചിട്ട് രണ്ടു രണ്ടു ദലാലത്ത് പിന്നെക്കൽ ചെയ്യണം ആസ്തഹി അള്ളാക്ക് അതുപോലെ തന്നെ അള്ളാഹു താലാക്ക് അത് മുസ്തഹീദാണ് അള്ളാഹു താലാക്ക് സുമസ്തഹീദാണ് എന്നിങ്ങനെ പറഞ്ഞുകൂടാ കഥ അങ്ങനോട് പറഞ്ഞു എന്നാ വഹാദൽ കൌരു സാദിച്ചു ഈ മൂന്നാമത്തെ കോലുണ്ടല്ലോ എന്ന് പറഞ്ഞ കൗല് അഖീല അതാണ് അർജഹു ഏറ്റവും റാജി ഉള്ളത് അതാണെന്നാറും അല്ലോണ്ട് രാത്തുല്ലിലായി താന്ന അവസരത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട് ഇന്ന മോതുവയെ മുർസലിങ്ങൾ അത്തുണ്ടെന്ന് നിങ്ങൾ ചർച്ചയിൽ വരില്ലല്ലോ മോദുവെ ജാമ്യാദില്ലല്ലോ ിലാഹല്ലേ ഇപ്പൊ നമുക്കും അപ്പൊ അള്ളാന്റെ ദാത്തിന് എന്തെല്ലാം വാജിബുണ്ട് എന്തെല്ലാം മുസ്തഹനുണ്ട് എന്തെല്ലാം ജാസുണ്ട് ചർച്ചാ തലങ്ങൾ പറയുന്നു അപ്പൊ അമ്പ്യാബ്രസ്ലിങ്ങൾ നിങ്ങൾ മോദിയില് വന്നിട്ടില്ലല്ലോ അമ്പ്യാമിൽ ദാത്തൽ ഇലാഹല്ലല്ലോ അപ്പൊ നിങ്ങളെ മോതുറവിൽ നിന്ന് എന്ത് പോയി അംബിയാവസ്ഥല നിങ്ങളെ ദാത്ത് പുറത്തു പോയിട്ടുണ്ട് എന്നില്ല ഇഷ്കാലു വരും മോദ ജാമ്യ അയച്ചില്ല പന്നിന്റെ ജാമ്യം അയച്ചില്ലാന്ന് വരും ഈ മോതാമത്തത് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു ഇങ്ങനെ മാലുമാത് എന്ന് പറഞ്ഞാ എന്താ സാധനം വാജിബാത്തും വാജിബാത്ത് അള്ളാഹു താലാക്ക് വാജിബായിരുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് വാജിബായിരുന്നു പറയാം അള്ളാഹ് ജായിസായിരുന്നും മുസ്ലീം ലിങ്ങിനെ പറയാം അപ്പൊ എല്ലാ ചാമ്പില ാക്കുന്നുണ്ട് ഏതാ മൂന്നസാമ് മേൽപ്രയപ്പെട്ട മൂന്ന് ഒരു നിരക്ക് പറഞ്ഞാൽ വാജിബാത്തും ജാദാത്തും മുസ്താഹിദാത്തും ഷാമിലാക്കി മറ്റൊന്ന് നോക്കിയാൽ അള്ളാഹു താലാക്ക് ഉള്ളതും മുസലീമങ്ങൾക്കുള്ളതും അതുപോലെത്തും വൈസ് മുരൽ മോജുദാത്തി صلى الله عليه وسلم كان عام അപ്പൊ എല്ലാത്തിനും ഷാമിലാക്കാനുള്ള നല്ല ആമമായ മൊറുമായി ായ കാര്യങ്ങൾ കിട്ടു പിന്നെ മോജൂദായ മുൻകിനാത്വം പെട്ടു മാജോ മാത്രം എന്തെല്ലാം പെട്ട് മോജൂദല്ലാത്ത മുൻകിനാത്തം പെട്ടു മുസ്തഹം കിട്ടു എല്ലാം അല്ല അലുമൊന്നു പക്ഷെ അയല്ല അന്മു ഇതുകൊടുത്ത മിൻഹൈസു എന്ന് പറഞ്ഞത് ഹൈസത്തിന് തന്നെ ഹാസാച്ഛല്ലോസു അവ റായത്താനി ഇതെ രണ്ട് റായത്തണ്ട് അലമ വർത്തമക്കും എന്നവർ പറഞ്ഞണ്ട് രണ്ട് റായത്തണ്ട് അണ്ടാണ്ട് റായത്തെ റായത്തു ദുനിയബിയ റായത്തു അഖറവിയ ഏതാ ദുനിയബിയ വ അലിഹു സബ്ഹാനഹു വ തആല ബി ദുനിയ എന്ന് പറയുന്നു ഇന്നൽ ഫൗസ ബി സഅദത്തിൽ വലിതി ബിൽ ഉഖറൻ എന്ന അണ്ട് റായത്ത് tapi kafiyana mubarraati tu fiina എന്ന കൊണ്ടുവന്നു അശാറ ബി ദാലിക ഇലാ അന്ന ഐലൽ കലിമതു മഅദൂഫത്തൻ വ ഹുവൽ വാബൂ വഫാ യഫി എന്ന് പറഞ്ഞാൽ വഫാ യൂഫിന്നല്ലേ അസനുണ്ടാവില്ലേ വാബു പറഞ്ഞല്ലേ എന്റെ സഫി ആയത് യഫിയാകുന്നത് അപ്പൊ വാവി അയനൽ ഫീൽ കവിഞ്ഞിട്ടുണ്ട് അതുബത്ത അതിന് രണ്ട് അതുബിന്റെ അടിയിൽ കുടുങ്ങി പോയിരുന്നു യഫി എന്ന് പറയുമ്പോ മുലാരി മുലാറത്തിന്റെ ഒരു ജായിപ്പുറം വന്നിട്ടുണ്ട് ആക്കറപ്പുറം വന്നിട്ടുണ്ട് രണ്ട് യാൻറെ അടിയിലേ ശരിക്കടയിലല്ല പക്ഷെ നന്ന ഭരമല്ല പാടുണ്ട് അതാ കമാവുമല്ല അത് സെറഫിലിന്ന ആദ്യമാണ് പറഞ്ഞു തീർത്തല്ല അവ എല്ലാര്ക്കും അറിയുന്നേ പിന്ന ിൽ അമലി അമൽ കബോൽ ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനെ കൊണ്ട് ആഗ്രഹിക്കുന്നു ഞാൻ ചെയ്ത അമലുണ്ടല്ലോ അതുണ്ടോ അത് സ്വീകരിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല വൻ് എന്റെ ഈ അഖേറയാകുന്ന കിതാബിൽ കൂടി ഉപകാരം കിട്ടണം എന്നതിനെയും ഞാൻ ആഗ്രഹിക്കുന്നു അത് മറ്റേ അർജുന്റെ മപ്പനോളൊക്കെ സുമ്മ പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പറലി എല്ലാ കുറ്റങ്ങളും മാപ്പാക്കണം എന്നതും അവിടെ സുമ്മെന്ന് പറഞ്ഞാല് ഇത് കഴിഞ്ഞതിന് ശേഷം എന്ന അർത്ഥത്തിനുള്ള പിന്തൽലെന്ന വയനവിടെ ഉണ്ടാവൂല അതും വേണോ ഇതും വേണോന്ന അർത്ഥത്തിലുള്ളൂ അപ്പൊ ബെയ്ത്തൊക്കാൻ വേണ്ടിട്ട് സുമ്മാ കൊടുത്തുന്നേ ഉള്ളൂ സുമ്മാ സാധാരണ ധർത്തീവല്ലേ അറിയിക്കരുത് തറാത്തിയോടുകൂടിയുള്ള പിന്നേന്ന് ആ പിന്നെ എന്നുള്ള വായന അവിടെ ഇല്ല ഇതാണ് മൂപ്പർ ആഗ്രഹങ്ങൾ പറഞ്ഞത് ഒന്നെന്താ അമൽ കബൂൽ ചെയ്യണം രണ്ട് ഈ കിതാബ് കൊണ്ട് ഉപകാരമുണ്ടാവണം ദോഷങ്ങളെല്ലാം പോത്തു തരണം ഈ മൂന്ന് കാര്യം ഇസ്മൽ ഇസ്മല്ലം അള്ളാഹു ഇസ്മുല്ലമിന്റെ മൂപ്പറ മുന്തിച്ചു അന്തിനാ ലിഫാലത്ത് വെക്കാൻ മാമൂലാണല്ലോ അർജുല്ലാഹാന്ന് അർജുനാണല്ലോ مفرول من الدجت احساس نحن قال إذا تقديم المعمول معمولن من الدجت يخيد ذلك احساسن فائدو فيك فالله ارت المعكرم نتقطو أبقى تفسيسا من دائم اي لا أرجو إلا الله تعالى أن أسر لكتي الله ألاك ما تحالي نانعره كن الله ناي إني അർജു എന്ന് പറഞ്ഞാൽ റജാ ഉണ്ടല്ലോ അതിന്റെ മസ്തർ ആ മസ്തറാ ബാൻ ചെയ്യുന്നുള്ളത് തൽ കൽ ബി ഹുസൂലി മറോ ബിൻ ഫിഹിസ്തീ അതാണ് താരീഫ് കൽബു താല്വൽ അതായത് ജിൻസോട് ബി ഹുസൂലി മറോ ബിൻ ഫിഹി ആഗ്രഹിക്കപ്പെടാവുന്ന ഒരു കാര്യം കിട്ടണേ അപ്പൊ കാര്യം എന്താക്കണം ബുദ്ധിയിൽ ആഗ്രഹിക്കപ്പെടാവുന്നൊരു കാര്യമാണ് അപ്പൊ മരിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ മറകോപം ബീഹിയല്ല അപ്പൊ മരിക്കാൻ വേണ്ടി രാജാവ് വിശ്വസിക്കാതെ പറയുന്നില്ല അത് മറുപം ബിഹിയല്ല സാമാന്യമായൊരു ബുദ്ധിയിൽ അത് ആഗ്രഹിക്കപ്പെട്ട സാധനമാണ് മറകൂപ്പം തീഹി എന്ന് സാധാരണ എല്ലാവരും ഒഴിവാക്കുന്ന സംഗതി അല്ലേ അപ്പൊ മറുഗോബൻ തീഹിയാവണം അത് കിട്ടാൻ വേണ്ടിയിട്ട് കൽവ് താല്ക്കാവുക ഏതോടൊപ്പം ക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു അസ്ബാബുകൾ ഉണ്ടാവും ഈ അസ്ബാബുകളിൽ പോലും പ്രവേശിക്കുകയും വേണം അങ്ങനെ വന്നാൽ മമദൂഹൻ അത് സ്തുതിക്കപ്പെടുന്ന സംഗതിയാണ് ഈ രാജാവ് അസ്ബാബിൽ ഇവൻ പിടികൂടുന്നില്ല എന്നാലോ അന്റെ പേരി പാമാഹുൽ അന്റെ പേരാണ് തമാഇ എന്ന് വേണം. വഹുവ മദ്മൂമുൽ ശരീഅൻ അത് ശരീഅൻ മദ്മൂമുമാണ്. അപ്പസ്വാബിനെ ഉരിച്ചതി ആരും രസറഹോയേ. ഇല്ല അൽ ബിസ്മില്ലാഹി അലം എന്ന് പ്രവർഗ്ഗദുള്ള. അൽദിഹു ലഫുദുൽ ജലാല ബിസ്മില്ലല്ലാഹ വലാ ലഫുദുൽ ജലാലതൻ അല തഹഖീഖ് അതാഹഖീഖ് بسم الله الرامة جلالة نسمانه بسم الله الرامة من در مدر من مدر من مدر من در لغة إذا تقديم المعمولي هذا إذن الله ربنا اختصاصنا فائدة وقتكيان لنور نيلة اما تقديمه كيان تقديم اختصاص كتونا ريانده اذن آنة تأيلك آلون وقته تقديم المعمولي في دالكاني لدائلين اذا كنت أقول لك تتعليل لما قبله مرغوب فيهنوർന്നா மின் خير الدنيا ولا الاخره அதானல்ல എല്ലാവർക്കും ആഗ്രഹിക്കപ്പെടും പിന്നെ وهو مذموم شرعن എന്ന് പറഞ്ഞേ ഏത് അസ്ബാബിനെ ഒഴിവാക്കി കൊണ്ടുള്ള burukudi അതേ مذموم ആണെന്ന് പറയാൻ കാരണം شرعن شرഅൻ مذمومാണ് ليهന്നീ ദല്ലോ അൽയൻ നഹികമതുള്ളാഹി തആല ഇസ്തമത് തറതുബൽ അശയാഇ അല അസ്ബാബിഹാ അള്ളാഹുബിന്റെ ഹിക്കിമത്ത് ആലമുൽ ഹിക്കുമത്തും ആലമുൽ കുതിറത്തും രണ്ടാണ് കുതിറത്ത് അങ്ങനെ അമ്മായിട്ട് കിടക്കുന്നുണ്ട് പക്ഷെ ഈ ലോകത്ത് ഉണ്ടാക്കും ഓരോ മുൻകിനാഥുകൾ പരസ്പരം ഇന്നത് ഇന്നതുമായിട്ട് ഇങ്ങനെ കടിച്ചിട്ട് തർത്തീബിലാണ് ഈ ലോകം ഇതിനാണ് ആലമുൽ ഹിക്കിമത്ത് പേര് ഇന്നതിനാൽ ഇന്നത് ഇന്നതിനാൽ ഇന്നത് എന്ന് പറഞ്ഞത് അപ്പൊ ആ ഹിക്കുമത്തിനോട് നമുക്കൊരു കടപ്പാടുണ്ട് അല്ലാത്ത ദൈവലി തന്നെ വെച്ചിട്ട് കാര്യ ഹിക്കിമത്ത് അത് തേടിയിട്ടുണ്ട് ഒരു ചില അഷിയാക്കൾ അതാതിന്റെ അസുബാബിൻ നമ്മളെ തറുത്തുമായിട്ടുണ്ടാകുക എന്നതാണ് അള്ളാഹുവിന്റെ തേട്ടം അപ്പൊ പമൻ അങ്കറല്ല അസുബാബ അപ്പൊ അസുബാബിനൊരാറാക്കുകയാണെങ്കിൽ അവനാണ് പടുജാഹിലെന്ന് വരുന്നത് ജഹൂലിനല്ല ജാഹിനല്ലേ പറഞ്ഞു പടൂൽ ബാലക വന്നു ഞാൻ തീർന്നു ഈ കപൂരിൽ അമൽ അമലിനെ കബൂൽ ചെയ്യുന്ന വിഷയത്തിൽ എന്ന് പറഞ്ഞിട്ട് അല്ലെ അപ്പൊ അൽ അമൽ അമ്മാക്കീറ്റാത് അപ്പൊ എല്ലാ അമലും എന്ന് പറയുമ്പോൾ അതിലേതും പെട്ട് ഈ തസിനീക്കും പെട്ടല്ലോ അതാണ് അല്ലു ആ അമലിൽ പെട്ടതാണ് തൈലീഫ് ഹാദിൻ അക്കീദെത്തി ഈ അഖീദിനെ കോർവ ഈ ഇസ്തകളാക്കായിട്ട് അതുകൊണ്ടല്ല അല്ലതീ എന്ന് പറഞ്ഞത് അല്ലെ പിന്നെ തൈലീഫിൽ നിന്ന് തന്നെ പിന്നെ ഈ കബൂൽ എന്ന് പറഞ്ഞാൽ എന്താ കബൂൽ ഷൈ എന്ന് പറഞ്ഞാൽ ആ ദിളാബിഹി വറതിഹി അതുകൊണ്ട് പൊരുത്തപ്പെടുകയും അത് തള്ളാതിരിക്കുകയും ചെയ്താണേത് കബൂൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പൊരുത്താക്കുകയും ചെയ്ത് തള്ളിയിട്ടൂല്ലാ അപ്പൊ ഫീ കബൂൽ എല്ലാം വേണ്ടിന്ന് പറഞ്ഞ ഫി എന്നുള്ളത് ധായിരുന്നൊക്കൂല ഒന്ന അറിഞ്ഞു അവിടെ തീ ചേർക്കാൻ ഞാൻ ബൈത്തൊക്കെല്ലോ അബൂ ഫാറാന ലൈദയെ കേശിക്കണം അല്ലാഹ ആർജു ഖബൂൽ അൽ അമല ആർജു എന്ന രണ്ടോഫിൽ ഉണ്ടവല്ല അന്തുകൊണ്ടാണ് സായിദ എന്ന് പറയാൻ കാരണം ബി ദലീലി അത്തഫിൽ നഫ്ഇ അപ്ര വനഫ്ഫീ മിൻഹ ന വനഫാണുള്ളത് നസ്ബായിതാ വാഴിച്ചത് ഇതെല്ലാണ്ട് അപ്പൊ എന്തുമല്ല അന്നത് ഫീ കൂലത്ത് നല്ലാണ്ട് കബൂലിന്റെ മുകളിലാത്തു കബൂലിന്റെ മോളത്തു ഫാണേ മജൂറു ആവും പിന്നീട് ചെറുതീരുമല്ലോ പക്ഷെ ലബുത്താക്കിയത് വന്നാണ് അപ്പൊ ഫീ കബൂലിന്റെ മോളത്തെ ഫു മിന്നാജി പറഞ്ഞ പോന്നിപ്പുലാമാള്ളത് വാവുലാമാലം മീൻ അഫതലിത്താഹത്തിന്റെ മുള്ള അതും മിന്നപ്പതലിന്റെ മോളാന്നല്ലേ പറഞ്ഞത് മിന്നപ്പലരി അഫുദലിയോ അഫലിനാ അപ്പൊ മിന്നുമടങ്ങി വരും മിന്നു മടങ്ങി വരൂ മിന്നപ്പിനെ എത്താക്ക് എന്താ ഖബറായിട്ട് റസ്ആായ വരിക ആണ് ഇറക്കൂ പിന്നെ ഖബറല്ലേ ഫൈനലിസ്റ്റ് കാലം ആ ഇന്നെ ഖബറായി കൊണ്ട് റസ് ഇവിടെ മൂപ്പർ നെസുബ് കൊണ്ടത്തു ചെയ്ത് എപ്പോഴെന്ന് മനസ്സിലാക്കാം കപൂർ അല്ല അല്ല കപൂരിന്നെ ഉള്ളു പിന്നെ അരി എന്നാണ് എന്തി പറഞ്ഞത് കപൂരില്ലേ അബിദല്ലാറു വെച്ചോ അത് നമ്മ പണ്ടേ ഒരു ബസ്ബറിയുമ്പോൾ ഇത് ഹാജിത്തിൻറെ കദീമിൻറെതാണോ രണ്ടിനു മുഷ്തറക്കാണോ നോക്കാനാന്ന് ഇതെ മുസ്തറകാണ്. ഹാദാ ഹാദൽ മഅന ഇപ്രനെ മാന ഫി ഹഖിൽ ഹവാദിഥ്. ഹവാദിഥ് ഇൻ ഹഖിൽ അനി തരീഫ് ഓർദ. വ അമാ ഫി ഹഖിൽ മൗലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിൽ ഖബൂൽ എന്ന് പ്രയോഗിച്ചാൽ ഫമഹനാ റില്ലാഹു അതെ റിലാന്താ ന മിഹി ഇസാബതുഹു അലൈഹി ആഅമൽനി തക്കദായർ റദിവ വ അല്ലാഹു ന അനുഗ്രഹത ഔ കൊടുക്കുകാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴോനും حمامة تنسي لبسفر الله تعالى كبيراني باننال أن يوجه ما لدينا لرطم بطمد الله وانتورنا قلنا وارجوه تعالى في ربنا على الله ناجره كننو أن نفع نفعنا ناجره كننو هو لدل نرر لدانن ونعنى وهو إيصال الخير للغير മറ്റുള്ള ആളുകൾക്ക് ഹൈരനെ ചേർത്ത് കൊടുക്കലാണ് ഏത് ഹൈറാണ് നേരെ മിൻഹ എന്ന് പറഞ്ഞ ആ മിന്നുണ്ടല്ലോ മിന്നു മിന്നിന്റെ അർത്ഥം പാട അങ്ങനെയും കൊടുക്ക സാധാരണ നെഫക്ക് ശേഷം ബി അല്ലേ കൊടുക്കേണ്ടത് നഫ ബിഹിൻ അല്ലേ വരേണ്ടത് ബി പറഞ്ഞ ബിത്തപ്പൂരാ അച്ഛരതിരുമ്പല്ല അതുകൊണ്ടാണ് അങ്ങനെ ഓർക്കുന്നത് اي من هذه العقيده ايه عقيده يا انا ايش اي بها طب من هذه التي دين بها يعني هذا ما يريدني يعني قلت منني بها يعني اي بها ان قلت طروت عن بالله نفس اللي مسؤول ورد لا ആരിക്കുപകരിക്കണം പറഞ്ഞില്ലേ ആ മക്കളും പ്രമക്കാനാ പോല്ല മംഗളാഹ അതാരാണോ ഓതുന്നത് അവർക്ക് ആ ഓനാഹ അല്ലെങ്കിൽ ആരാണോ മൊസാല ചെയ്യുന്നത് അവർക്ക് അതാരാണോ കരസ്ഥമാക്കിയത് ഫോട്ടോച്ചാറ്റ് എടുത്തിട്ട് നോക്കി കളിക്കുന്ന കൊണ്ടാന്നിട്ടും ഫോട്ടോചാറ്റിന് ഓടി നടക്കാനും അപ്പോ യാൽ കൂലി കിട്ടി ആ അതെല്ലാം എനിക്ക് കാര്യം او كتبها الى الهده فغرتي افو انسان الله ونحن منهم نعم هذا يقول اي بها نفع فمن ان الذي بمعنى باعي تعديتي تعديتي انه بعد ما عنا كان منه قل لما انقرأها لغنى بينا بهذا معمولا نفع انه نفع له شرحوا كيف؟ അതെന്തിനാണ് ഇപ്പം അങ്ങനെ കൊടുക്കേണ്ടി വന്നെ ആവർത്തനം ഒഴിവാക്കാൻ പറയുമ്പോ ഒരു തക്കരാ വന്നില്ലേ പറയും മുട്ട എന്റെ വിശ്വാസം അതെന്താ അത് കാണാൻ പാടാക്കി ഇത് കറാന്ന് നോക്കിയിട്ട് പറയുന്നത് രണ്ടും രണ്ടും തിരിച്ച പിന്നെ ആ തക്കരാഴിവാ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഐ ഹിഫലെന്ന് കൊടുത്തത് وقوله او طالها ورنا تعليمها بذلك او تعلمها بذلك او الا يوجد انه الله تعالى قال ما يرد وقوله او حصلها ورنا بذلك اذن هيا كان بذلك ابي فوتو استاتين او او كتبها ان لنگिल اديดิ دي نفسي ضمن نفسنا بيديو او غير ذلك ان لنگيل ولو بي حجرتين അത് പൂലിക്കാക്കിയാൽ തടസ്സമില്ല പൂലിക്ക് എഴുതിച്ചതാണ് അപ്പൊ എത്ര എടുത്ത നൂറാണ് ഈ ദേവത്തിണ്ടല്ലോ മൂപ്പർ മത്തില്ലേ ഇപ്പൊ കാണിക്കുന്നത് ബൈസിലാണല്ലോ ഒന്നാം ആറ് ജൂന്നുണ്ടോ ബൈറ്റിലല്ലേ അപ്പൊ ചിറങ്ങിന് വേണ്ടേ അത് ചിറ അടക്കാന്ന് വെച്ചോ മൂപ്പർ ബൈസുണ്ടാക്കുമ്പോ മത്തിന് മാത്രമേ ഉള്ളൂ മത്തിന് മാത്രമാകുമ്പോ മത്തിന് മാത്രം നോക്കിയാക്കി ഫലം കിട്ടണം എന്നല്ലേ ചിറക നോക്കി കിട്ടി ഉള്ള അത് പറയുന്നത് മതി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് നാഹിന്നുള്ളതെങ്കിലും ഇപ്പൊ ചെറനോടുകൂടി നോക്കിയാണെങ്കിൽ പിന്നെ ഏതായാലും കിട്ടുമല്ലോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്നു ദമാൻക്കി കൽഹിന കൽമസലീമോട് കൂടി ഏറ്റെടുക്കുന്ന ഒക്കെ ഉപകരിപ്പിക്കണേ എന്ന് പണ്ടതു ആ സാധിച്ചാത്തോണ്ട് ഇവിടെ എത്രാമത്തെ പേജ് നോക്കിയതണ്ടല്ല അപ്പം അതിന്റെ മജുറൂർ ഉണ്ടല്ല ഇത് കിതാബ് ആ കീതിയിലേക്കെല്ലാം മടങ്ങുന്ന അതിന്റെ മജുറൂർ അത് ആരും എന്നെ പ്രതി നത്തിൽ നിന്നുള്ള ആടാണ് അപ്പോൾ ഞാൻ എന്തായിക്കണം എന്റെ കിതാബിനെ കൊണ്ടുണ്ടായി തീരണോ എന്നല്ലേ കൂപ്പർക്ക് എന്നേടായാ വഹറവിയ ജസാഗുതുള്ളോ ശരകിസി ഐ ഹാല കൗനി നസ്ഹി ഹാതിലൻ വനാതി അൽ മിൻഹാ നിസ്തെ എന്റെ കിതാബി ഞാൻ ഉണ്ടായി തീരവായി ഇതിക്കണം അതുള്ളൊന്നും വേണ്ടാണ് പറയുന്നില്ല മറ്റുള്ളതുകൊണ്ട് കിട്ടാൻ മൂപ്പർ കൃത്യല്ലോ ആ ഈ ഉപകാരം കിതാബ് ഉണ്ടാകാതെ ഉപകാരം എന്റെ കിതാബ് കൊണ്ട് തന്നെ കിട്ടണോ മൂപ്പർക്കുരാക്കാം അങ്ങനെയാവാ ഈ മുക്കാബിലുള്ളി ജാരിൽ ഈ നേരത്തെ സീൻ എന്താക്കിയിട്ടുണ്ട് ബാഡമാനാദാക്കിയിട്ടുണ്ട് അതിന്റെ മുക്കാബിലാണ് ഇവിടെ എന്താക്കാം എന്നെ ആക്കാം നേരത്തെ താരത്തിനാണ് ഇവിടെ الام الاحدةNet will be the wabd uma estance and beaus drop one cam علينا Highland Shahland Yes Ha is now since he if you are Nachtmere do not indom All night ഇനി ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു മാർജു ഹറദ്ലിൽ കരുതുന്നു ആഗ്രഹിക്കുന്നു പറഞ്ഞു ജം അത് ദല്ലത്തിന്റെ ജം ആണ് മസ്തറു ദല്ല ദർ ബിപത്തിനിത പിന്നെ അതിന് മുന്നാരി എങ്ങനെയാ യദില്ലു ബി കസരില്ലു എന്ന് പറഞ്ഞു കത്തറുമുണ്ട് ൊണ്ടുള്ള ഉദ്ദേശം അൽ മഹാസിൽ മഹാസീയത്തുകളാകുന്നു എനി അപ്പോ ഖസർ എന്ന സക്കർ എന്നാണല്ലർത്ഥം കൊടുത്തത് അപ്പൊ ഈ റഫർ എന്നുള്ള തത്തർ രണ്ടിയാതിയുണ്ട് ഒന്ന് തീരേ മഹാസീയത്ത് ഇല്ലാണ്ടാക്കരു ഇള്ളതിനെ വായിച്ചു കളയരു അപ്പൊ മൂന്നായിരം ഒരു ധീര ഇല്ലാണ്ടാക്കലും ലഹസിനുള്ള തന്നെ മാസക്കന്ധമാന്ന് പറഞ്ഞാൽ എന്താ മാനസികത്തിന്റെയും അബിധിന്റെയും ഇടയിൽ ഒരു സത്രുണ്ടാക്കി മനസ്യത്തോട് എടുക്കാൻ പറ്റൂല ഹിബോ ഹിസ്മത്ത് എന്തോ പറഞ്ഞോ ആ സത്രുടെ ഹാജികു മറ്റൊന്ന് ദോഷങ്ങൾ ലോകൽ മാറ്റുന്ന അവന്റെ റിക്കാർഡിൽ നിന്ന് തന്നെ ഉള്ള അവസരം വാങ്ങിക്കല്ലോ അത് എഴുതുകയോ വേണ്ടാന്ന് വെച്ചു മറ്റൊന്ന് എഴുതുക ശിക്ഷിക്കുന്ന അവസരത്തിൽ അത് ശിക്ഷ കൊടുക്കാൻ കുട്ടികളിയാം അതിന്റെ ആരാമത്ത് പുറത്തുണ്ടാവില്ല അങ്ങനെ മൂന്നു ജാതി ഉണ്ടെന്നാണ് പക്ഷെ ഒന്നാമത് അമ്പിയാക്കൾക്ക് സാധാരണക്കാർക്ക് സംബന്ധിച്ചുകൊണ്ടുണ്ട് തത്സുഹ മഹത്യത്തിന്റെ തട്ടുകൾ സാധിച്ചു അത് പറയാൻ പറ്റിയതാണ് ബി മഹബിഹാബിനെ സുഹൃഫി സുഹസിൽ നിന്ന് കംപ്ലീറ്റ് മായിച്ചു കളയരുത് ഒരിടം പിന്നെ ബോബി അദമിൽ മാഹാ മാസിയത്തിന്റെ പകരം ആര് തിച്ഛയെ ഒഴിവാക്കുക റിക്കാർഡിൽ ഉണ്ടാവും വൈകാലത്ത് ഓരോ ദിവസം വിഹാ റിക്കാർഡിൽ അവിടെ തന്നെ ബാക്കിയുണ്ട് ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് ചെയ്താറില്ലേ രണ്ടർത്ഥ പ്രകാരവും നിങ്ങൾ ഏതാ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കപ്പെടുന്ന സുഹബിൽ നിന്ന് തന്നെ വായിച്ചു പറയണോന്നുള്ളത് അതല്ലേ സാധിക്കും മഹദിയല്ല അബ്ബലി പറഞ്ഞു സുഹബിൽ തന്നെ വണ്ടാവുകളാദ അദാനുബദ മർജൂബ് അദവക ജർഉദല്ലതിൻ തുംമാല്ലദീ ലിമുജറബി ലിഖബാദി വൽലതി ഫുംമാ കല്ല തുംമാൻ പ്രത്യേക അർത്ഥം ഇല്ല ആ തഖീർ എന്നുള്ള അർത്ഥം ഉണ്ടാവുകാ പിന്നീട് മുത്തബൈദോ ദിക്ർലോ തസ്ഈബ് അതൊരു മുറാഹത്ത് ഇല്ല വൽലതി മാസ്റമയ ഉദ്ദേശമുള്ളോ വരിദ ഫത്തറ വിൽവാബി അതുകൊണ്ടാണ് ഒബറു സറഹടുക കൊണ്ടാക്കിയേത് ർജുഹൂന്ന് വാഗ് കുമ്മ്മാർജുഹു എന്നല്ലല്ലോ പറഞ്ഞത് വാഗ്ണ്ടാകട്ടു വാഗ്ലണ്ടേ ഉള്ളോ കുറവുള്ളൂ നല്ലത് ഈ കുൾട്ട ഇന്ന ജലരീ പത്തി യിന്റെ പത്ത് പ്രകാരം വായിച്ച ജലരക്കിൻ ലസലിൽ ആ ജലപ്പു തേനി കളിമണ്ണ് പോലെ തട്ടിക്ക് വെഴുക്കുക എന്നാണ് സാധാരണ അർത്ഥം അല്ലേ അപ്പൊ മസ്താണ് രാജം അഞ്ചം അതൊന്നും ഇല്ലല്ലോ മസ്തറല്ലേ വന്നത് പറഹ് പോലെ വന്നിപ്പറഹ് മസ്തറല്ലേ പരിഹാന്റെ അപ്പൊ ധലല്ലാന്റെ അസുരൻ്റെ ധരിയില്ല എന്ന് പറഞ്ഞാൽ അതിന് മസ്തറായിട്ടില്ലേ വരുന്നു അപ്പൊ പിന്നെങ്ങനെ ജമ്മായി മസ്തങ്ങ് ജമ്മായി കുറച്ചു പറ്റിയത് അതുകൊണ്ട് പല്ലാത്തനും കൗനി ജം എന്ന ആ വയാനി കളയിലായിരുന്നു നല്ലത് നോക്കാ അത് ലോകം എടുത്തുകൊണ്ടില്ല വാമത്തു ഹോബി കത്തിരി സായി കസര കൊണ്ട് ദിലൻ എന്ന് വഹിച്ച എന്നപ്പോ ജെല്ലത്തിൻ്റെ ൽ എന്നായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ജമ്മൻ ആയിക്കൊണ്ട് പോകാണ് ഉണ്ടാ അതുകൊണ്ട് ഇവിടെ മാണിക്ക് റബിയുള്ള പറഞ്ഞിട്ടുണ്ട് എന്താണ് സിഅൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലത്ത് അതിന് ജമ്മണ്ട സി അൽ <cin <cin ൂ അഞ്ഞ കോനിൽ സിയാൻ എന്ന് പറയണമായിരുന്നു ഇപ്പൊ ജമ്മാക്കണ്ടിയാൻ ഒരു കത്തിരിഹാറത്തുണ്ട് നോക്കിയെന്നെ എന്താ കത്തിരിയാകുമ്പോ ഒരു സാധനത്തിന് മറ്റൊരു സാധനത്തിനുള്ള ഉപമിക്കും ഉപമിച്ചതിന് ശേഷം അതിന്റെ തശിഹിന്റെ ആഘാതം കളിയ ആ കാപ്പിസിൽ എന്തോ ആ കവിന എന്തായി മുഖ്യ ഖബറാക്കിയ തശ്മിഹും വലിയ കഴിയും തശ്മീഹും വലിയ കായിട്ട് മുഷബി മുഷബിനും എന്നിട്ട് മുസബിന്റെ മാ ബിഹീനം ബിഹിന മാത്രം മുറിയിക്കലാണ് ഇസ്തിഹാറത്തിൽ ആ ഇസ്തിഹാരത്തന്നെ ഒന്നുണ്ടാകും നേർക്കു നേരെ ഈ തസീമിൽ അറിയിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാകും ചിലപ്പോൾ ഇസ്തിഹാറത്തിൽ ദിൽപിനായ ഉണ്ടാകും ദിൽപിനായ അങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് ആരോ തള്ളി പറഞ്ഞില്ല കൊറച്ചു മുഷബഹ് ബിഹീന്റെ ലാജിമാധനം ഇവിടെ പുറത്തില്ല കൊണ്ടുവരിക കൊണ്ടുവരും ആ അപ്പോ തുമ്പിക്ക സാധനത്തിലൂടെ ആദ്യം സക്തീയാക്കിയിട്ടുണ്ടല്ലേ ആനയോട് മനസ്സിൽ അതിന്റെ വലിയ തുമ്പിക്കെ പറയാ ആഹാ അപ്പൊ തുമ്പി സായിബിൾ തുമ്പിക്കയ്യാകുന്ന ഒരു ആന മുഖ്യ പിറഞ്ഞ് നടക്കുന്നുണ്ട് അത് അനു ബിൽക്കിന അപ്പൊ ബിൽക്കിനായ മുഖാബിലാണ് തസ്തി ചെയ്യാന്ന് പറഞ്ഞത് നമുക്ക് അതിനൊരു രൂപം ും മുഹാലെ വീണ് പോവുക എന്നതിനെബീനാക്കി ബിസ്ല കെട്ടിത്തേന് കായത്തോട് വേദിയിട്ട് വിയലിനോട് കശബീനാക്കി കളിയുണ്ട് ഹീണ്ടല്ലോണ്ടല്ല അതോട് റസിബീനാക്കി ചന്ദ്രുസ് വീണ് അയോട് റസിബീനാക്കിട്ട് അവിടെ പിന്നെ ആ വേദിക്ക് വീഴൽ എന്നതിനെ മാസിയെത്തി കഴിഞ്ഞിട്ട് ഇഷ്ട പ്രയോഗിക്കുക ില്ല എന്നിട്ട് മുഷബിയെലി അതിനു മുസബ ദോഷം പ്രവർത്തനം അതൊരു വിഴുക്കി മുതലാണല്ലോ അപ്പൊ നമ്മൾ കളാവുന്നത് എന്താ അങ്ങനല്ലേ അപ്പൊ എന്താ ജാമ്യം എന്താ തസ്ബിഹാക്കുമ്പോൾ വജുസ് ബഹുമായിട്ട് രണ്ടും കൂട്ടി അണക്കാണ് വൽ ജാമ്യൂ രണ്ടിനുണ്ട് പോരായ്മ ഒരു അശ്രദ്ധ പോരായ്മയിലുണ്ടല്ല വെളുക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു അശ്രദ്ധ വന്നപ്പോഴ്ക്കും ഇവിടെ ദോഷങ്ങൾ തെക്ക പറഞ്ഞപ്പോഴും ഇവിടെയും കഴിച്ചു നക്സാ സി കുല് അന്ന മൺക്ക ഫിത്തു നക്കസോ ഫിസി മൺതിളക്ക നക്കസ എന്ന് പറഞ്ഞാല് കവറന്ന മൺസരക്ക എന്നിട്ട് ഞാപീസുന്നുണ്ടെന്ന് അപ്പൊ നക്കസം അതേ ഫീലോണ്ട് നോക്കാം അല്ലെ അത് ഹിസ്ഇലി വമൻ നത്തുള്ള നഗസഫീൽ അത് മാനവീയ നക്കസം അതോർന്നു ഹദീസിൽ എന്തുകൊണ്ടെന്നല്ല പറഞ്ഞത് ഓരോന്നും പറയാ ഒന്ന് സുരത്തിൽ നിന്ന് മായ്ക്കല് മറ്റൊന്ന് സുരത്തിലുണ്ട് പക്ഷെ വാക്കളെ വേണ്ട നോക്കല് നോക്കൂന്ന സി ഐ ഫീൽ ഹദീ و اطبقي السيئه قل حسنه تمحو اهم حديث الاولى سيئتين ني ترطي ആയി చేదు ഒരു ഹസനത്തിനെ ഒരു സയ്യത്ത് വന്നാൽ അതിനെ പിന്നാലെ ഹസനത്തിനെ തരപ്പിക്കോ അതാ തംഹൂ കാണമ ഫദ ഫായിരതെക ഹസനത്ത് ആനദ മൊമലെ സയ്യത്തിനെക്ക് അ മൊഹമദ് പറഞ്ഞതാ തംഹൂ ഇസ്തഗ്ഫറം ദുആവനെ ഹസനത്ത് ആമന്നല്ലേ ചതക്കോർത്താലും മതിയില്ല ഇസ്തികപ്പാറ അതിനോട് വക്കത്തിനോട് ലായ്ക്കാവുന്നുണ്ട് ഞെല്ലാം ജമ്മാക്കിയാലും കുഴപ്പമില്ല ചുതക്കയും കൊടുക്ക ഇസ്തീകപ്പാറം ചൊല്ല തോടിയും ചെയ്യാ ഞാൻ കാര്യം നിൽക്കരിക്കുകയും ചെയ്യുക എല്ലാം കൂടെ കുത്തിക്കും അല്ലാഹ്നത്തെ അമ്മ അല്ലാത്തനത്തെ ജിൻസാമുറ അത് ഹസനത്തിന്റെ ജിൻസിൽ പെട്ടെന്തു ആവാ അപ്പൊ അലക്ലാമ് ജിൻസിനാണ് പിന്നെ ഹദിഇന് മറ്റൊന്ന് ഇത് രണ്ടാമത്തേതി ان الله <سؤال> تعالى الا له كنفه ولا عبده يوم القيامه قيامه نาล الله 빈데 ஒரு கஃபுனு சொன்னா ஒரு மரா என்ன म्हटുള്ളോന്നും കാണിക്കாதകൊണ്ട് প্রত্যেক சற்றலி રાખી വെச்சிட்டு ஒரு கஃபтер വെச்சி વો يحكم به جميع ما وقع منه ഇവندهBackColor ని సంబవిచా అల్లా కుత్తృతంగවවറോട് പറഞ്ഞു കൊടുത്തു ఫుమ్ యక్ఉలు లహు బిన్ అవరోడు പറയുന്നു ఆదిహి துనోబుక ఇది నిండే ద్రుబోబడാണటో അതൊക്കെ നുഞ്ഞാബ് ശത്രുതാരിപ്പൊ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് വൽ ആനഅീറുഹാലക്ക ഇപ്പൊ ഞങ്ങക്ക് വസ്തു ചെയ്യുന്ന മാക്കബയില്ലാന്ന് എഴുതാറുണ്ടല്ല മാക്കബയില്ലാന്നല്ലേ പറഞ്ഞത് ഈ രണ്ടും കൊണ്ട് സാധിക്കുന്നുണ്ട് അത് തോന്നുന്നു വൽമറ ചുവൻ കറമി താലൽ അവലു എന്ന് പറഞ്ഞാൽ ഏതാ അവ பத்த மஹிரு அன்றுண்டானதே அதே லிமா ஃபித்தானி மின் ஸுஹூபத்தில் வ الوقூஃ <سؤال> பைனாயடை இல்லாஹி تعالی வ ذிக்கில் மா மஸாவி லஹு இரண்டாம் தேதி என்னன்னு தெரியு요 அல்லாஹ் சுபஹானஹு வ தஆலந்த ஹஸரத்தின் வர்தலும் மஸாவி பொறுகொலமும் ஒரு சௌதம் ஜெயில லெக்கன வா பஹுவ ஹவுலன் அதீம அது பயானகமா ரங்கமா ஆ ரங்கம் இல்லாயிம ஜெயிலான நடமதிது அப்போ பத்த கிழல்ல அது ஒரு ഒന്നാമത്തെ தான அக்ரஹித்ததுன்னு சொல்றது تمام حول ادي ورما كانت مباحث هذا الفني ي فننده مباحثಗಳ ആയപ്പോൾ ತತوقف على ماضيت اقسام الحكم العقلي الثلاثه عقلي ಯಾ ಮೂನ kısmundaqliya hukumin ಮೂನ kısmunde ಆದ ಅrnele ശേഷം പറയാวน masalah ullu kedellame onnu wujub ഇസ്തിഹാലത്ത് ജവാസ് മൂന്നെണ്ണോബുൻ നഖലിഹാലൻ നഖലി ജവാസുൻ നഖലി അതുകൊണ്ട് ഈ അക്കസാമുകളെ പറയുന്നുണ്ട് മൂപ്പർ തുടങ്ങിയിരിക്കുന്നുണ്ടാ എന്താ പറഞ്ഞു അക്കസാമിൽ ഇത് കൊറേ വൈകം പാട് അക്കസാമിൽ ഹാലത്ത സംശയിക്കേണ്ട ഒന്ന് ഹുജൂബാകുന്നു രണ്ട് ഇസ്തിഹാലത്താകുന്നു പറഞ്ഞു മൂന്നാമത്തെ താലീന്റെ അക്കസാമ് ജവാദ എന്ന് പറയാം അങ്ങ് പോകുന്നുണ്ട് കുറെ അങ്ങ് കുറെ പേരിൽ പോണം و هو الذي زاول البحث او ما بحثين ما بحثين ده جمع انا مباحث ابو اسمه كان انا هناكي و هو محل البحث لا ام باحثين ورنا لمضن وذلك المحل باحث ورنا اذريو هو القضايا التي يبحث فيها عن تحصيل للمقصود بالذات മക്സോ തുമ്പില്ലാത്തായ ഇൽമ സഹസിലാക്കലിനെ തൊട്ട് എന്താക്കും ഇങ്ങനെ മഹത്ത് ചെയ്യുന്ന ഓരോ കഥകളുണ്ടാവും ഓരോ പറഞ്ഞിട്ട് കഥകളിങ്ങനെ പറഞ്ഞു പോകുമല്ലോ അതാണ് ഇവിടെ മബാഹിത്ത് എന്ന് പറഞ്ഞുള്ള മഹൽ ബഹസ് ബാഹിസ് എന്ന് പറഞ്ഞാൽ എന്താ ലോകത്തന്നെ തസ്തീസ് ചിക്കി പരിശോധിക്കരുത് ഇസ്തലാലോ ഇസ്താത്തിൽ മഹമൂലത്തിൽ ഒരു മൗതുക അതിന് മഹമൂലാത്ത മസാല പറയുക അതൊരു മോതുക ഉണ്ടാവും ആ മോതോന്റെ മഹമൂലം പറയാം ഇതൊരു കഥാവക്കത എന്ന് പറയുന്നത് ഇസ്ലി ആയാലും മഹസുബ് എന്ന് പറയാ കൊണ്ടേ അബറം കൊണ്ടുവരിക അല്ലെ മുസ്തു മുസ്ലതിന്റെ അങ്ങനെ ആക്കിയും മതി കഥവക്കഫ എന്ന് പറഞ്ഞ ഈ തവക്കൂഫ് മുക്കദ്ദിമത്തുൽ കിതാബാണോ മുക്കദ്ദിമത്തുൽ ഇൽമാണോ അങ്ങനെ പല തവക്കുഫും പന് ഇത് ഏഴിയൊരു തവക്കൂഫാണ് علم ان معرفه هذه الاقسام سلاغه بلاغه سما مقدمه علم مقدمه العلم غير غير لان اي पर्याय बोलतो एंदोंले अन्न مقدمه العلم تكون عامه في كل العلم जो वो तो रंगी रहता है ना व لما كانت مباحث هاول فنن ಈ ಫನ್ನೇ ಮಾತ್ರ ದಪ್ತಿ ಸಾಕಿರುತ್ತೆ அப்ப ಈ ಫನ್ನೇ ಅಂತ ಹೇಳಿಬಿಡೋಣ ನಾವು ಆಕೈದು ಮಾತ್ರನೇ ವಿರುದ್ಧುಳ್ಳೋಣ هذا ما هو موقفه لأنه أكسام الحكم اللي أكليه استحارة جبادة رئيضا يلا ها يلمين لما مقدم آنك فين آذل فنن رئيسي لله هذا عمام هذا مبور لفتقه اليوم هذا يلمين لما يمكن آنك فين تكون عامة في كل يلم إلا ها يلمين من آذل فنن تحسيساتنا يرتون دعو الله قل مبادئ اللي شرط قواله ിംദാദ് പിന്നെ മറ്റേ പായ്ത വായത്ത് മഹമോല് ഇങ്ങനെ പോലും വൈന്നുസമ്മ മുക്കദ്ദിമ കിതാബിന്റെ ഇതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ മുക്കദ്ദിമത്തുൽ കിതാബ് വഹിയ എന്താ മുക്കദ്മതുൽ കിതാബ് എന്ന് പറഞ്ഞാൽ മാ പൊദ്മത്ത് അമാമൽ നക്സോദ് ബിരിദാദ് നക്സൂദം ബിരിദാത്തായ കാര്യങ്ങൾ പറയുന്നതിന്റെ മുമ്പായിട്ട് ഒരു ആമുഖം പറയും നാം മിന്നാക്കി കളഞ്ഞില്ല കിട്ടേന്റെ ഓർക്കത്തിന് ഞാൻ ആയിട്ട് വക്കൂലോ അർഹർ എന്ന് പറഞ്ഞാൽ ഇന്നത് മസൂർന്ന് പറഞ്ഞാൽ ഇന്നത് അസഹൻ എന്ന് പറഞ്ഞ ഇന്നത് അത് മുക്കദ്മൊരു കിതാബാണല്ലോ എന്തിനാ അങ്ങനെ പറയുന്നത് ലഹു ഈ മക്സൂദും ബില്ലാത്തിന് ബന്ധമുണ്ട് ബിഹാ ഈ മുക്കദ്യായിട്ടൊരു ബന്ധമുണ്ട് മാത്രമല്ല ബന്ദിപ്പിഹാ മുക്കദ്ദിമ കൊണ്ട് ഉപകാരം കിട്ടും ഫി ഈ മക്സൂദും ബില്ലാത്തിലേക്ക് കടക്കുമ്പോൾ ഉപകാരം ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ആ ഉപകാരത്തിന്റെ വജുഹാ പറയുന്നത് ഇർത്തിഫാഫാന്റെ വജുഹ് വരണ്ടേ അത് അന്നഅാമൽ പന്നി ശേഷം പറയാൻ പോന്നേതാ ഇസ്തിഹാലത്ത് ജവാദ് അക്കലി അയച്ചു ഇത് എന്നുള്ളത് ഈ ഫന്നിന്റെ മാത്രം പ്രത്യേകതയിൽപ്പെട്ടതാണ് അതിന് മുമ്പ് ചെയ്തുകൊണ്ടാ മറ്റേ കെട്ടിഹനീതാവശ്യമില്ല ഇനി ഹുക്കുമുൽ അക്കലി എന്ന് പറഞ്ഞല്ലോ ഹുക്കുമുൽ ഹുക്കുമ് എന്ന് വെച്ചാല് ആക്കലി ഹാക്കൽ എന്നാണോ അങ്ങനെയാണെങ്കിൽ ഹുക്കുമെന്തായി പായലായി പായലിലേക്കുള്ള ഈ ഹുക്കുമിനെലേക്ക് നിസ്ബ ചെയ്തത് നിസ്ബത്തിൽ ഒരു ഷൈനെ ആലത്തിലേക്ക് നിസ്ബ ചെയ്തത് പേനന്റെ വിത്ത് എന്ന് പറയും പോലെ കിതാപത്തിൽ കലമാർ ഇത് കിതാപത്തിൽ പെൻസിലല്ല ഇത് കിതാപത്തിൽ പേനയാണ് ആസ്ബ നിന്ന കിതാബത്തിന്റെ ആലത്താണ് പേന ആ ഇത് വാളുകൊണ്ട് മുറിഞ്ഞ മുറിയാട് കെട്ട ഇത് തേഫ അപ്പം ഒരു കൊണ്ട് പെട്ടിയതല്ല അതാ ആലത്തിലേക്ക് ഇനിഫ ചെയ്യലി അതിപ്പോട്ടാ അപ്പൊ ഈ ഹുക്കുമിന്റെ ഹാക്കിമാരാണ് അതിന്റെ ആലത്ത് അക്കലായിരിക്കും എന്നർത്ഥത്തിന് നോക്കണുക്കുമോ ആലത്തുകുൽ അക്കലോന്ന് ഈ തലേ പറയാൻ പോകുന്ന ഹുക്കുമിന്റെ ആലത്ത് അക്കലായിരിക്കും ഹാക്കിമ് അപ്പൊ പേനന്റെ കാത്തി നമ്മള് ആനത്തേത് പേന അപ്പോ ഈ എഴുത്തിനെ പേനയിലേക്കുള്ളത് ആലത്തിലേക്കാണ് ആഴത്ത് പിടിച്ചൊരാളുണ്ടാവൂല്ല ഇപ്പുറം അത് റെയ്ത് എന്ന് പറഞ്ഞ മാർ ദാനത്താണ് നഫ്സ് വെക്കുന്നത് നഫ്സിന്റെ ആലത്താണ് ആക്കരിചെയ്യാനുള്ള അപ്പൊ ഷാരിഹി റുബിയാഹ് പറയുന്നുണ്ട് വൽ ഹാബി ഹിമൽ അപ്പുറം പറയുന്നതാണ് യുന്നുണ്ട് ഈ എഴുക്കുമ്പോണ്ട് ആ കിം ഒന്നിക്കില്ല അക്കലാദാം അക്കലാദാം എന്ന് പറയുമ്പോ ഇസ്ലാദിൽ മജാദ്ണ്ട് വന്നു ലഫ്സല്ലാവേണ്ടത് അപ്പൊ ഈ എഴുത്ത് ഒരുപക്ഷെ പേനയാകാം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആലത്തിലേക്ക് ഇസ്ലാദ് വന്നു വൈറമാഹോകൊണ്ട് ഇസ്ലാദിലല്ലേ ഇസ്ലാദിലുള്ള മജാദ്ന്ന് പറയുന്നത് അത് ടി സമൂഹം അതിൽ മജാദ് പ്രയോഗിച്ചിരിക്കുന്നു വന്നു നമുക്ക് അപ്പൊ മതിൽ ഹാക്കും ആണ് അപ്പൊ അഹമ്മദ് മക്കളാണ് വണ്ടേ മാളാണത് സമൂഹിലേക്ക് ഇസിനാദ് ഗാനത്തിലേക്ക് ഇസിനാദ് ഭക്ഷണം കഴിക്കുന്ന വേശാന്നും അതില്ലേ മക്കാനിലേക്കല്ലിസിനാദ് വരുന്നു വാസ്യത്തെ പാലിക്കാം ഹാക്കിന വാസ്യത്തെ ആയിട്ട് മൂപ്പുറം മത്തിൽ എന്താ പറഞ്ഞത് അഖസാബ് ഹുക്കുമൽ അക്കലി എന്താക്കി ഹുക്കുമിൻ ആക്കലി കൊണ്ട് കൈതു കൊടുത്തിട്ടുണ്ട് ഹുക്കുമാണ് ആ കൈദൊണ്ട് ഫായി ഉണ്ട് എന്താണെന്ന് പറഞ്ഞത് ഹുക്കുമെറയ്യുണ്ട് ഹുക്കു ആദിയുണ്ട് ഇത് രണ്ടിനെ കാഴ്ചാക്കാനുള്ള കൈതാണ് അതായത് ഹുക്കുമുൽ അക്കല് ടോട്ടൽ മൂന്ന് ഹുക്കുമായി അക്കലിന്റെ ഹുക്കുമ് ആദത്തിന്റെ ഹുക്കുമ് ഷെറയ്യ ഹുക്കുമ്പോ അതിനെല്ലണത്തിന് ഹാജാക്കാനാ എന്തുകൊണ്ട് റുക്കുമു ഷറിയും റുക്കുമുൽ ആദിയും ലായോദി സലാദത്തിൽ മത്ക്കൂറ ഈ പറയപ്പെട്ട മൂന്നെണ്ണത്തിന് മുന്നല്ല റുക്കുമുൽ ആറണ്ണില്ലേ വാരിബുണ്ട് ആറാമുണ്ട് ഇട്ടുള്ള ജമി പറഞ്ഞില്ലേ മഞ്ഞും ചവഭും മാനിയും പാതില്ലാത്ത പിന്നെ ഒട്ടും ആക്രമുണ്ടാവൂല ഭക്ഷണം കഴിച്ചാ ഭക്ഷണം മാറുന്നു വെള്ളം കുടിച്ചാൽ ദാഹം മാറുന്ന ആകത്ത് രീതി ഒട്ടാ തിരിയുന്ന ആകത്ത് പിണ്ണാമി കുടിച്ചാൽ വഴകളുന്ന കുടിച്ചാ രോഗം മാറുന്നു കുടിച്ചാ തമ്പ് കൂട്ടുന്നുണ്ട് ആരത്ത് അങ്ങനെ പോയി അതിന്റെ ഒരു وإنما اقتصر المسنف كغيره من المتكلمين على الحكم إلا كلي لأنه باعث هذا الفن لا تخرج عنده نظر مسنف رضي الله عنه ما تلال يبدو عنه حقام حقصام حكم الله كله ما تلال يبدو عنه إنه ليس شرعي برمت الله هذا يصير الشرعي طويله دشعارهم مسنف أعلم منه يتبعون دماغتهم قرة الله عنهم فتوح المين ومن جعله അഭ്യപറന്നമാണെന്ന് മത്തിനില് ഈ ഷെറൈ അയക്കമാറയുന്നത് കൊണ്ട് നമ്മളെ പന്നി അത്ര ആവശ്യമുള്ളൂ ഷാരിഹ് പറയുമ്പോൾ ഷെറയ്യ അയക്കാൻ മുന്നിട്ടുണ്ട് അത് ഷറയ്യായ കുജൂബാണോ ചെറിയ കുറ്റക്കാരനാകോ ഇല്ലയോന്നെല്ലാം ചർച്ചയല്ല അല്ലം അബാഹിത നാവൽ പന്നി ലാത്തഅജു ആയിരുന്നു നമ്മളീ പന്നിന്റെ മഹത്ത് ഈ മൂന്നിന് തൊട്ട് പുറത്തു പോകില്ല അതുകൊണ്ട് മറ്റ് മുട്ടക്കല്ലിൻ്റെ പറഞ്ഞതുപോലെ മൂന്നിൽ മാത്രം ചുരുക്കി ഉക്കുമല്ല പറഞ്ഞു വൈന അന്ന പിന്നെ ഷാരിഹ പറഞ്ഞിട്ടുണ്ട് ഷാരിഹാരെയാന്ന് അത് പറഞ്ഞത് അന്നഅ തക്ലീഫ് ഹി മാ ഇതുകൊണ്ടുള്ള തക്ലീഫുണ്ടല്ലോ അതുകൊണ്ട് മാരിഫത്താവട്ടെ വൈറാവട്ടെ എന്തോ ആവട്ടെ അതെല്ലാം എന്തുകൊണ്ടാണ് ഷെറൈ അക്കാമൗണ്ടൂസുന്നത് ല്ലേ അള്ളാഹുവിനെ അറിയൽ വാജിബാണ് ഈ വാജിബന്താണ് അക്കലിയോ ഷെറയ്യോ അത് ഉച്ചക്കുച്ചക്കാരനോന്നലെപ്പുറം പറയുന്നു അപ്പൊ ചെറയ്യക്കാണല്ലോ അതുപോലെ സിഫാത്തിന്റെ ചില അതില്ലത്തുകളും ഗതാലിക്ക് ശെറഅതില്ലത്താണ് ആയാത്തുകളും ഈ അത്തൊക്കെ പറയുന്നുണ്ടല്ലോ ബസ് കലാമു പോലെ സമംബറും കലാമോ അല്ലാതെ സമയ്യാദില്ലത്താണെന്നാണ് സിഫാത്തിൽ അക്കലി അതോടൊപ്പം ചെറിയുണ്ട് പിന്നെ കുടത്ത് ഇറാളത്തെ ഇരുന്ന് ആയാക്ക് എന്തായോടൊപ്പം ചെറൈക്ക് വിജയമുണ്ട് സംഹന്നുള്ളത് അക്കല അക്കലി ചാറ്റിയ നിൽക്കുന്നില്ല എന്നാണ് സമൻ ബസ്ത്ര ഇല്ലാത്തവരാക്കുന്ന ലോകം ഉണ്ടെങ്കിൽ കൂടെ അത് ശം അവിടെ കാണാം അത് കുറായി പറഞ്ഞു പിന്നെ അക്കലി ആക്കി മറിക്കുക എന്തുകൊണ്ട് ഈ സിഫാത്തലിലുള്ള അള്ളാക്ക് ചെമ്മംബക്കൾ ഇല്ലാണ്ടിട്ട് നുക്കസാനാണ് നുക്കസാൻ അള്ളാഹ് മൊഹാനാണ് അതുകൊണ്ട് ഇതിന്റെ അടുമ്പ് മഹാനാണ് അതുകൊണ്ട് ഇതിന്റെ മുജൂദ് സുബൂർത്തായിതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ മുഖസിമത്തിൽ കെട്ടി പറഞ്ഞുണ്ടാക്കണം അയാപ്പിക്കുന്നുണ്ടോ എന്നാ പിന്നെ ആദ്യം വന്നിട്ടുണ്ടല്ലോ ചടങ്ങി അതെന്തിനു പറഞ്ഞു അത് കത്തിമീം എല്ലാം അക്കസാം അക്കസാം എല്ലാം ഇരുന്നോട്ടേന്ന് വെച്ചതാണ് മത്തിന് രീതി ചുരുക്കേണ്ട തൈരിയിലും പറഞ്ഞു ശെറയിലും അച്ഛൻ രണ്ടെണ്ണം കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കാണവും പറഞ്ഞു നോക്കാം അക്കുത്താവും ഹുക്കുമില്ല മുത്തറിയാണ് അതിന്റെ ഹബറു മഹദൂഫാണ് ഈ തലാട്ടത്തുൻ എന്ന് സങ്കൽപ്പിക്കണം തലാത്തുൻ എന്നുണ്ട് നീക്കെവിടുന്ന് കിട്ടി സാലിസുല്ലാൻ പറയുന്നുണ്ടല്ല ഇവിടെ സാദി തുഹ രണ്ടുപേരും ഉള്ളില് മക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഇതേമാതിരി ഒരു മർച്ചരാന്ന് സാദിത്തുല്ല അപ്പുറം പറയുമ്പോ മൂന്നു വന്ന സ്ഥാനത്തായല്ല അന്ന വ ജിയൽ ജോബു എന്ന് പറഞ്ഞില്ലേ ഹിയൽ വുജോബു എന്നുള്ളത് അത് ഇസ്തീനാഫിജാണ് അപ്പൊ കപ്പറുവായിട്ട് വന്നയില്ല പുതിയ ജുല തുടങ്ങില്ലേ എന്തിനീ ഭയാനല്ല ആ മൂന്നെണ്ണം പറഞ്ഞാട്ടെ എന്തൊക്കെയാണ് അത് ഹിയൽ റുജോബു തുമ്മൽ എന്ന് പറയുന്നു ജുലെ പൂർത്തിയായി വയസ്സിമെങ്കിൽ അത് ഖബറാക്കിയ അക്കസമാകുന്നത് ഹിയ അപ്പൊ ഹിയ മാത്രല്ല ഹിയ കൊണ്ട് തുടങ്ങുന്ന ജുമലിയല്ല അതാകുന്നു അപ്പിട്ട് പത്താകം പറയരുത് വല് അക്കസാമുസാ ജം ജന കസിൻ കസ്മു എന്ന് വായിച്ച കണ്ടാണ് എത്ര അല്ലെങ്കിൽ സത്യം ഒന്നാകുമല്ല വകുവ ഈ കിസ്മർന്നാല മന്ത്രജ മഹകൈരി തഹത്തെൻ ഏതോ ഒരു കുല്ല്ണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലിണ്ട് പന്ത്രണിച്ചമാർ തസീമൽ കൊല്ലിയൽക്കോ കൊല്ലിയോ തഹത്തിൽ ഉണ്ടാവണം അതിനെട്ടിടം ഒരു കുല്ല് ഈന്റെ അകത്ത് ഒന്ന് ഓടാകുന്നു ിൽ കൂടുതലോ ജൌഹർ എന്തോ മുത്തറക്കിപ്പാകണം എന്നാലേ കൊല്ലുന്ന് ഇനി വെടിവകുളളൂ മിനിമം രണ്ട് ജിസുവാണ് രണ്ട് ജൌഹർ ഒരു ജൌഹറും ഒരറവണ്ടായാലും പോരാ തൈപ്പോന്നില്ലല്ല എന്നാ കൊല്ലെന്ന് വാങ്ങില്ല എന്നാ കൊല്ലിയെന്ന് പറഞ്ഞാൽ ആ നമ്മൾ കൊണ്ട മന്തിക്ക് രോദി അതിനെ നിർത്താത്ത ആ ഓയില് നല്ല പണ്ടേ പറഞ്ഞ മാസക്കാല കത്തിരി കതീറിന് മേലെ സാധിക്കാവുന്ന സാധനവും അത് പറയണ്ടല്ല ജുസീന്റെ കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട് വൈസമ്മൽ മുന്തരിജ തഹത്തൽ കുല്ലി പുല്ലിന്റെ കീഴിൽ മുന്തിരിജ് ടസ്തമാക്കുന്നുണ്ടല്ലോ അതിനെന്താ പേര് പറഞ്ഞു ജുസുഖി എന്താ അങ്ങനെയും പറഞ്ഞോ വൻ മുന്തിരിജു തഹത്തൽ പുല്ലിന്റെ കീഴിൽ തസ്യമാക്കുന്ന അധിതാക്കൾക്ക് എന്താ പറയേ ജുസു എന്ന് പറഞ്ഞോ മൗരിതൽ കിസ്മ ഈ കിസ്മത്താക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ കൊല്ലെ അല്ലെങ്കിൽ പുല്ലി ദുതിയിലെ കോഹരി വെക്കുമ്പോൾ എന്താകും കുല്ലാകും ഇലേ കോഹരി വെച്ചാൽ പുല്ലിയുമാകും ആ കിസ്മത്താക്കാൻ വെച്ച ആ കേന്ദ്രത ആ ആ മൌരിദ് അതിനെന്താ പേര് മാക്സാമൻ എന്തു പേര് പറയും ആ കൊല്ലോ കൊല്ലിയെന്തുവാട്ടെ മാക്രിസാമോന്ന് പേരും ബി പത്ത്ഹിൻ പസു കോരിൻ കാസരിൻ മാക്സീമ് അങ്ങനെയും ആദ്യം പൊത്ത മാൻ രണ്ടാമത്തേന് സുക്കൂനിട്ടാണോ കാഫിന് സുക്കൂണിൻ കാശ്മീരിൻ അവന്റെ മാണമെന്നു കത്തമ യക്ക സീമോന്നല്ലേ അഹുംബിക്കത്തമ യക്കസീമൂന്ന മുലാരിയെ പേര് കുറുവാൻ പറഞ്ഞു അഹും സീമോനബിക്കൊരു കസം മൈശും ഇപ്പൊ കത്തമ യക്ക സീമോ ആണ് എന്റെ ഉള്ളിൽ നിന്ന് അപ്പൊ മാക്ക സീമ مقسم لتقصيم النعونا لاندا التميز والتفسير انك ينعي جعل الشهي اقصام واري شهي نحن فالاقصام هاكي تلك وعنامتو تتطيم الكل الى جزائه كل نجوزير كان وطقصيم هاكي انعريانا مرنجل الدا صحة انهناله للجزاء التي تركب منها اي كل ندلو ഈ കൊല്ലി എന്തിനാലാണോ മുത്തറക്കി പോയത് അതിന്റെ അതിഥായിലേക്ക് മിന്നാലിലാകായിരുന്നു അപ്പൊ തറക്കമാ കൊല്ലിലേക്ക് അതിന്റെ ഫൈല് അതിനൊ മീർ ഉറങ്ങുന്നു മിന്നാണ് അതിഥാ അൽക്കലാമോല്ലപ്പം മിന്നു പറഞ്ഞ മാതിരി അജിതറക്കത്തില്ല അൽക്കലാമല്ലപ്പോ മിന്നല്ല മിന്നാലൊന്നൊരു കലാമനിക്കുറക്കിക്കൂടല്ല എന്ന് പറഞ്ഞ മാതിരി ഇൻഹിലാലുഹു ഈ കുല്ല് മുന്നല്ലാവണം എവിടത്തേക്ക് ഇരല്ലജിതായി ചില അജിതാക്കളിലേക്ക് എങ്ങനത്തെ അജിതാക്കൾ അല്ല തീ തറക്ക നമ്മളെ പുല്ലുകളുള്ള സാധനം മുത്തറക്കി പാതിന്റെ മീന്ന ഈ അജിതായി അതിലേക്ക് ഓഞ്ഞു വെക്കണ കുല്ല് അരജിതാ കൊട് തെക്കോല് ദിന ജാലകം പിന്നെ അങ്ങോട്ട് ഓഞ്ഞു വെച്ചു ഒരു ചായ ഒരു കുല്ലം അല്ല അഞ്ചുടി അൻസാര വെള്ളം പാല് ഇതുകൊണ്ടാണ് ഉത്രക്കി പേര് അവിടെ അതോ അപ്പം അതോ സിഹത്തിൽ മക്സീമി അലൽ അക്കസാബ് അക്കസാമിനെ മുഹൂത്താക്കി കൊണ്ടുവന്നിട്ട് ഈ മക്സീമുണ്ടല്ലോ അതിനെ കവറാക്കാൻ പറ്റാനും പാടില്ല പാലാകുന്നത് ചായയാകുന്നോന്ന് ഹിലാക്കി ശരി ചെയ്യുന്നില്ലല്ലോ تقسيم الكلية إلى جزئيات لك كلية جزئيات لك تقسيم الكلية صحة عمل المقسيم على كل من الأقصام أقصام من دورهم ورطب جد خبرات كيفية مطارن زيد إنسان مقسيم الى إنسان زيدة كسمات അങ്ങനെങ്ങോട്ടെ അത് തീർന്നു അത് മൂന്നു പറഞ്ഞപ്പോൾ ആ മൂന്നു പറഞ്ഞു തരുവോ എന്ന് ചോദിച്ചപ്പോൾ ആയി ചോട്ടെ ചോദ്യത്തിന്റെ സുവാൻ മുഖബ്ദറായ ഒരു സുഹാരന്റെ ജവാബിലാണ് ആ ഹിയൽ എന്ന് പറഞ്ഞത് അതി തക്തിഹു എന്ന് ചോദിച്ചു മാഹിയ ആ മോനൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചതിന് മറുപടി എത്ര തതികൊണ്ട് സൂക്ഷിച്ചെന്താണ് അനിൽ പട്ടിയും കസ്മുനുമായിട്ട് കണ്ട അന്നേരം ഒന്നിലധികം ഭാര്യമാരാണ് കസ്മുന് സൂസ് എന്നൊക്കെ പോരാട്ട് പറഞ്ഞല്ല അതാണെന്ന് തോന്നിയേക്കണ്ട فانه ماطر قعمان ماطرا وذلك تقسم ابي له منه قسمنا كان تقسم ابي له قسما يقسموا انه قلنا انه عليه تشوفنا لله قسما انه ريما فتحنا وذن وناي قطعه ان متدي قطعنا والمستمل له وصلنا له فتح يفتح فطر ما بلغ له أن تفتح لنا كل خير لذلك أفتحى من الله ما أعلمني أغمالي فاقيني وغير أفتحى من الله تفتحى من الله أغمالي برؤامي جنات وعديني مفتحة لهم لببابنا مفتحة لمن الله إذن الأول سادكم بجعل الشيء قسميني انتظروا برم قسمة يقسمات رمضة عندك اسماء كالم بغير قسمة رمضة لذلك قوله لارم قطعاนോരിമ്പുള്ള അതല്ല അണ്ണാനാണ് എന്നല്ല ഇതില്ല ബുള്ള തഹരീലി അബലവ ആകുന്നതതിരീ വത്താനി തന നസ്സോൻフィル കർത്തടതിരാത സാനി തഖസീം അത് കത്രത്തിൽ വളരെ രസായിച്ചു വരും വമൽ ഖസമു വമൽ ഖസമു ഖസമു ബിഫത്ഹതൈരി വായിചാർ ബഹുവൻ ഹാലഫ വൽ യമീ സബ്തൻ ജയൽ അനായമാരി ورجتات قل حقق كل مغلى اردن وهو مندرج ما غيره غير نظرا لكم جاءت كل اي كان ها سيري اندرج تحته الفيت وال صبر ان وقوله او كل كل الانسان اندرج تحته زيد وعمر وبكر كلن دهي له അതിലെന്തണ്ട് ഹൈറ്റ് ഉണ്ട് ഓലന്റെ ഭക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ കൂപ്പിക്കാണല്ലോ ഉണ്ടായിരുന്നു അതുപോലെ സംഭ്രം സംഭ്ര ഉണ്ടാക്കുന്ന ഓല എന്നോണ്ട് പറഞ്ഞു അറിയാ നമ്മളിങ്ങോട്ട് വായി ഉണ്ടാക്കുന്ന ഇതില്ല ഇപ്പൊ കയ്താന്നെ താറ്റും ചെയ്ത് നമ്മൾ ഇനി അതിനകത്ത് വലുതെടുത്തു ആഴപെടുത്താല് يا موسى صلى الله عليه وسلم قوله ما تركنا من جوهرين فأكثران ورنا مثل الحسيري حسير مثلنا هم رأي عمد الله تنبي جوهر عمد الله هذا اللهم قرن الله خائفة سموره قرن الله وضعات عيبان عيبان وإنسان وضعات شخصي شخصي وضعات شخصي بينه ما صدق علا كثيرن انه ورنال كوليا نه اي متتكل حقيقه او مختلفها كوليا لا ترى بوندو حقيقه متتفي كاي دل كن مختلفي كاي دل متتفي كن وسطن نوعيت ما مختلفه ما جنسايت ما كوليا ما قولنا لا كثيرن متتكل الحقيقه دي جوابي ما هو له نوع اوتن مختلف الحقيقه ما جنساي راه الله لنا برا مو برو ندورن അപ്പൊ പേഷ്മുൽ ജീൻസ് അപ്പൊ മുത്തഫിഖുൽ ഹക്കീക്കത്ത് മുഖ്ലിഫ് ഒന്ന് മൂപ്പറാക്കിയപ്പോൾ ജീൻസിനെ നൌഅനെയും ഷാമിലാക്കി അപ്പൊ മൂപ്പറ പറഞ്ഞ വസ്തുക്ക് നൌഅനെയും ജീൻസിനെയും ഷാമിലാക്കി എന്നാണ് തീർത്തി വരേണ്ടത് മുത്തഫിഖുൽ ഹക്കത്തി അൽ മുഖ്തലിഫുഹാന്ന് പറഞ്ഞു പഴശ്മുൽ നവഹൽ ജീൻസാന്ന് തിരിച്ചല്ല വരേണ്ടി ഇഖ്തലാഫ് അടുത്തേക്ക് പറഞ്ഞു ജീൻസിലേക്കല്ലേ വഹുമാലിൻ ഇൻസാലിൻ അതെന്തിനുള്ളതാ വെച്ചാൽ മുഖ്തലിഫിന് ഹവാനിൻസാന് ഇൻസാൻ നാത്തിക്ക് എന്ന് പറഞ്ഞതോ പിന്നെ നാത്തിക്ക് പറഞ്ഞു പിന്നെ മാഷി ഇപ്പൊ എന്തെല്ലാം പറഞ്ഞാൻ ആഅമ്മ ജിൻസ് പറഞ്ഞു ഇൻസാൻ പറഞ്ഞു നാത്തിക്ക് ഫസല് പറഞ്ഞു ലാഹിക്കോ അറബ് ഹാസ് പറഞ്ഞു മാഷിന് അറബ് ആമ്മും പറഞ്ഞു അഞ്ച് പുല്ലിയും പറഞ്ഞതാ അഞ്ചുല്ലിയും പറഞ്ഞിട്ട് നോക്കണം ഹവാൻ അത് പുല്ലി എത്രയാണ് ഹംസ് ജിൻസ് അറുത് ആമ അറുദ് ഹാസ് കർത്തീപായിട്ടന്നെയായി നമ്മൾ അമോമിന്റെ തർത്തീപനുസരിച്ചിട്ട് നേരെ മറിച്ച് എണ്ണുമ്പോ എങ്ങനെയാണ് ജിൻസ് ലാറിൽ മനത്തി അവിടെ മൊയ്സമ്മൽ മുന്തരി തഹത്തുൽകുല്ലി ജുസാൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ഇസ്തല ആ തസ്മി താരാണ് മന്തിക്കാൻ ഇസ്തലുസരിച്ചാണ് പറയുന്നത് ورسم ما مويد القسمه به روند اي محل لا غوري ما وان شاءوا الاقصاب ايه ديانو القسمه की तीर्थ तो अदा मोईद मोईद القسمه ಅಂತ പറയുന്നു تفصيل النلاंदा अत تفصيل اهو maneira one and sihhatun hilaleena tai tafseelo bi an tahulal hasira ila qaytin wa samr gada hasira nul ആ പുല്ലിന്റെ ആ പുല്ലാകുന്ന ഹസോ മുറക്കിയായ അജിസാക്കളായത് ഹൈത്ത സമുദ്രവും അതിലേക്ക് മുന്നല്ലായി നോക്കി ബിഹായിപ്പോൾ കൊല്ലം മിന്നമാല അതിൽ എന്തെങ്കിലും അതിൽ ഓരോന്നും വേറെ വേറെയായി ഇത് ഒരുമിച്ച് കൂട്ടിയപ്പോൾ പുല്ലായിട്ട് പായ എന്നുള്ള പേരും വന്നു ചായ എന്ന് വേണമെങ്കിൽ പറഞ്ഞു ചായ പായ വിഭജന രണ്ടും മുതലും തന്നെയല്ലേ വാദമോ സിഹത്തി എങ്ങനെ മുൻഹൻ ലാവൽ ആകുകയും വേണം ജുസുക്കളെ പൊടിച്ച് മുതലിലാക്കിയിട്ട് പുല്ലിനെ ഹവറാക്കാൻ പറ്റാതിൽ പെട്ട ഒന്നെടുക്ക് ഹൈത്ത് എടുക്ക് ഹൈത്ത് പായയാകുന്നു പറയാൻ പറ്റില്ലല്ലോ പല തക്കോട് അൽ ഹൈസ് എന്ന് പറഞ്ഞൂല െന്നും പറഞ്ഞുകൂടാ അതിന്റെ റാത്തു സക്സനു വിചാരൊരു കാര്യം കയ്യോ കാറോ കുറിച്ചൊരു ഇൻസാനാന്ന് പറയാൻ പറ്റിട്ടല്ല ആയിന്നും പറഞ്ഞുകൂടാൻ ഇൻസാൻ ഉൻ എന്ന് പറഞ്ഞപ്പോൾ അതെ അല്ല അതില്ലാത്താണ് ഇല്ലാതെ പറഞ്ഞാണ് കരാണോ ഭയാന് ഈ ചോറൻ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നും നോക്കണ്ടില്ല അഗ്രഹിറക്കണ്ടല്ലെന്ന് റൈവ് രണ്ടു തരാനൊക്കെ അക്കാനാവുന്നു അപ്പൊ ആദ്യം റൈവ് അറിയാം هو ولي حكمه شرعي والكي شرعيا اذا شرعيه على حكمه ونظر عند بحر كتاب الله تعالى ان يتعلق بافعال المكلفين بالطلب او بالباحه او بالرد الىهما ذا شرعي حكمه اللابطه كتابه وداشه الله عنده كلام കലാമിന് കിതാബ് ഒന്ന് വരുമെന്നത് ഒരു മുഹാത്തബിനോടാണല്ലോ കലാം അവതരിപ്പിക്കല് അന്നേക്കാണ് കിതാബുന്ന വരുമയെന്ന് അല്ലെങ്കിൽ മുഹാത്തബില്ലാതെ കണ്ട് ഒരു ബയാനിന്റെ ആവശ്യത്തിനല്ലേ കലാം വിളിച്ചെന്ന് ഒരു മുഹാത്തം മുമ്പിലല്ലെങ്കിൽ ഈ കലാമിന്റെ ആവശ്യം വരില്ലല്ല അന്ന അപ്പൊ അത് അത് തന്നെ എന്തെല്ലാം കിതാബ് ഒന്നായിട്ട് അൽ മുത്തലിക്കൂ അത് ബന്ധപ്പെട്ട കലാമാകണം ആരോട് മുക്കല്ലെ പേരുമായി ബന്ധപ്പെട്ട അപ്പൊ ആകാശഭൂമിയെ പൊളച്ചു എന്നു പറഞ്ഞൊരു വന്നാല കലാമാണ് അത് പുറത്തു വയ്യ അത് ഈ ഹുക്കുമീശ്വർ അങ്ങനെ പേരൊഴി കളക്കസ്റ്റമാവാസി വന്ന ആകാശഭൂമിയെ പൊളച്ചു അവിടെ മുക്കല്ലീകളെ ചെടി ബന്ധവില്ലല്ല ബി പലവി തെലവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള തല്ലൊക്കായിരിക്കണം എന്നാ മുക്കല്ലി അപ്പൊ മുക്കല്ലപ്പിന്റെ വാക്കലിൽ നിന്ന് ഇന്ന് പണി ആ പണി ആരായിരിക്കണം മുക്കല്ലപ്പിന്റെ പണിയാകണം അത് ഇന്നത് തെലവ് ചെയ്തുകൊണ്ട് കിതാബിൽ അല്ലോട് തെലവുണ്ടാകണം നല്ല വക്കുമ്പോൾ അപ്പൊ ഒന്നാം കാക്കൾക്കും ഒമ്മാലോന്നുള്ളതും എന്തു തന്നെ കിതാബാണ് മുക്കല്ലഫിന്റെ ഫീടുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ അവിടെ തെളിവില്ല നിങ്ങളുടെ ഫേലി എന്ത് ഏത് തരത്തിലാണ് എന്ന് അഖ്ബാർ അവിടെ ഉള്ളത് മുക്കല്ലഫിന്റെ വക്കലിൽ എന്നൊരു ഫീലിനെ തേടലില്ലല്ലോ അള്ളാഹുത്താന നിങ്ങളെ പഠിച്ചിട്ടുണ്ട് നിങ്ങളെ എം എൽ എയും പഠിച്ചുകാരാണ് അള്ളാന്ന് അപ്പൊ മുക്കല്ലഫിന്റെ ഫീലിനെ പറ്റി അള്ളാന്റെ വക്കുളൂക്കാണ് ഇഖ്ബാർ അവിടെ ഉള്ളത് തെലബില്ല അപ്പൊ തലവുമായി ബന്ധപ്പെട്ടതാകാം അപ്പൊ തലബിലെന്താവാം ഒന്നിക്കും ജാതിങ്ങൾ റയോജാതി വാജിബും പൊട്ടു മുസ്തഹബും പൊട്ടു തലബുൻ ജാതിമായ വാതിപ്പാല്ലോ തൈറു ജാതിമായ മുസ്തഹം പാ അല്ല പിന്നെ തെർക്ക് ചെയ്യണമെന്നാ തലമുള്ളത് അപ്പൊ നവീന്റെ ജാതിമാണെങ്കിൽ ആറാമ് വന്നു പിന്നെ തണാഹത്തും വന്നു അപ്പൊ നാലെണ്ണം വന്നു അപ്പൊ തലബിൻ നാലാട്ടാമന്നു ഷീനും തർക്കൻ ജാതിമോ മകളെ ജാതിമാക്കിയ അഞ്ച് ഹുക്കുമും വന്നു അപ്പൊ തക്ലീഫയായ അഞ്ച് ഹുക്കുമി തലബി അബിൽ ഇബാഹത്തിൽ വന്നു ഇനി വാക്കിന്റെ ബോധ ഉണ്ട് മകനെന്ന് പറഞ്ഞാ നിസാദ് തികയുക എന്നുള്ളത് ധക്കാത്ത് കൊടുക്കാനുള്ള സമമാകുന്നു എന്നൊരു ഹുക്കമാണല്ലോ ഇരുന്നൂറ് ദുർഹമിനെ മിൽക്കാക്കുക എന്നുള്ളത് എന്താന്ന് ജക്കാത്ത് വാജിപ്പാകാനുള്ള സമമാണെന്ന് ആ സമ വച്ചാണ് അള്ളാഹു പിന്നോച്ചു അയാൾക്കാമെന്ന് പറയും ഹൈലുണ്ടായ നിസ്കാരത്തിന്റെ മാനിയാണ് ദിക്കിച്ചൂടാ എന്നാര പറഞ്ഞു ചെറിയ പറഞ്ഞു അല്ലെ മകേ അത് ലഹുമാണല്ലോ ഏത് ഇബാഹത്തിനോള് ബിത്തറാത് അതിപ്പോ ഇവ പറഞ്ഞിട്ടുണ്ടല്ലോ അറിഞ്ഞു പറഞ്ഞിട്ടുള്ളത് അതായില്ലേ ലഹുമാന്ന് പറഞ്ഞാലോ ഈ തലബിനും ഇബാഹത്തിനുമുള്ള വകു അഴിതുന്നു ഇന്നത് ഇന്നതെ വകുന്നു ബഹോ ദുശത മണ്ണാരാ എന്നുള്ളതെന്താണ് നാമ മാധ്യമമാകാനുള്ളൊരു കാരണമാകുന്നു അപ്പൊ ഇന്നതുണ്ടായ ഇന്നു പത്താറായി പോകും അപ്പൊ അല്ലാത്ത പുറത്തൊരു തുടക്കാർക്കും മിൽമഞ്ഞ് അതാ സതക്ക കൊടുക്കാനുള്ള തക്ലീക്കില വരിക ചതക്ക കൊടുക്കുകയും അതാണ് തക്കലീപാതില ചതക്കയെ മഞ്ഞും അള കൊണ്ടാകും സതക്കന്റെ ഭൂലി മാറ്റിലായി പോകും എന്നുള്ളത് മറ്റുതായിരുന്നു അജ മന്നാകെ കൊണ്ട് ചതക്കന്റെ കൂലി വാർത്തരാകൂ എന്ന് പറഞ്ഞാൽ ആരാണ് അത് ഇഷ്ടമുണ്ടായി എന്നല്ലേ അത് വായിക്കിട്ടു ഒന്നമ്മ തൊറന്നുകൊണ്ട് വശാലും പറഞ്ഞോ പയ്യോ വായിക്കൂ വരുമിൻ من حيث هو عدى سرعي سرعي آيه بغضة الكوري ندنى ورد سرعيه النجر باللهة اخرية عزمارا سرعيه الحكم سرعيه الحكم أنه اكل الارضة في جنديك مول اكل مدر بوران دوئند أبو عده الحكم اخر يو اغالى هذا هو تفاضيه قاعدة سرعيه أبرام أنه سرعيه بغضة الكوري أنا خطاب الله عزمارا ورده അതിന് ഉദാഹരണം പറഞ്ഞാൽ ഒരു ജവാബ് എടുക്കുക അഖിലും ജാഹിതാണത് അതോടൊപ്പം തന്നെ ചെറിയും ജാഹിതാന്ന് നോക്കാം